സൂര്യൻ <laughs> Ahem. <clears throat> ശുശ്രുപൂക്ഷി ധർമ്മ ലോകൈരധ്യോ ആത്മാവിർ ബോധോപദേശോ ബോധാത് സമഞ്ജസോ അന്യനിമ ഔഷ്യം അഗ്നിനിമ അന്യനിമ ഔഷ്യം അഗ്നിനിമ രാത്രിഹനി ആദിത്യനിഷ്യാദിത്യോ അന്യത്രമ ഇവ ഉപചര്യതാശയതി സവിത ി തത്വം പറയുന്നത് എന്താണ് ബോധവും അബോധവും രണ്ട് ഈ ബോധാത്മാവിനും തന്നെയാണ് ആജ്ഞനായിരിക്കുന്നതും ബോധാത്മാവ് തന്നെ ജ്ഞാനം ഉണ്ടാകുന്നതും ബോധാത്മാവ് തന്നെ ഇപ്പം നിത്യവിജ്ഞാനത്തിൽ അവിടെ ബോധഅബോധങ്ങൾ എങ്ങനെ വരും കാരണം അത് നിത്യമുക്തം എന്നാണ് പറയുന്നത് അവിടെ സംസാരം നിലനിൽക്കുന്നില്ല പക്ഷേ ലൗകിയുടെ അനുഭവം അങ്ങനെയല്ല എന്നിൽ അജ്ഞാനമുണ്ട് ഞാൻ ജ്ഞാനത്തെ സമ്പാദിക്കുന്നു എന്നിൽ ബന്ധനമുണ്ട് ഞാൻ ബന്ധനത്തിൽ നിന്നും മുക്തനാകും ഭാവിയിൽ മുക്തനാകും ദക്ഷത്യ അഗ്നി അഗ്നി ദഹിപ്പിക്കും അഗ്നിയെ സ്പർശിച്ചാൽ എന്നെ ദഹിപ്പിക്കും പ്രകാശയിഷ്യതി സഹിത രാത്രി കഴിഞ്ഞാൽ സവിതാവ് സൂര്യൻ ഈ ലോകമെല്ലാം പ്രകാശിപ്പിക്കും ഇത്തരത്തിൽ അനുഭവമുണ്ട് കാലവുമായി ബന്ധപ്പെടുത്തി ദേശവുമായി ബന്ധപ്പെടുത്തി എല്ലാ അനുഭവങ്ങളും അപ്പം നിത്യമുക്തമായിരിക്കുന്നതിൽ എങ്ങനെ സംഭവിക്കും ഇതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് ജംയോഗത്തെക്കുറിച്ച് അവിടെ ജീവഭാവം ജീവഭാവത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കേവലം ജീവഭാവത്തെ ആശ്രയിച്ചാണ് ഇത് സംഭവിക്കുന്നത് അല്ല എന്തുകൊണ്ട് ബോധാത്മ എന്ന് പറയുമ്പോൾ അത് ജീവനുമാകാം നിത്യവിജ്ഞാനവുമാകാം ബോധസ്വരൂപമായിരിക്കുന്നത് നിത്യവിജ്ഞാനമാണ് നിത്യവിജ്ഞാനത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു അതങ്ങനെ സംഭവിക്കും പരമാർത്ഥമല്ലാതെ കല്പിതമായി ഇതെല്ലാം സംഭവിക്കുന്നു അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ജീവനിൽ സംഭവിക്കുന്നുവെന്ന് പറയാം മനുഷ്യ നിത്യവിജ്ഞാനത്തിൽ സംഭവിക്കുന്നുവെന്നും പറയാം നിത്യവിജ്ഞാനത്തിൽ അങ്ങനെ സംഭവിക്കുന്നു ഇതെല്ലാം ബന്ധമോക്ഷങ്ങളെല്ലാം ആരോപിതമായി ജീവനിലോ ജീവനും അത് സത്യം എന്നതുപോലെ സംഭവിക്കുന്നു ജീവന് തന്നെ സത്യമായി കരുതും ജീവൻ ബന്ധനത്തെ സത്യമായി കരുതും മോക്ഷത്തെ സത്യമായി കരുതും താൻ മുക്തനായി താൻ മുക്തനാകും എന്നതാണ് ഇവിടെ പറഞ്ഞത് പ്രകാശ്ശേരി പ്രകാശിപ്പിക്കും അത് അജ്ഞന്റെ തോന്നലാണ് താൻ മുക്തനാകും താൻ മുക്തനായിട്ടില്ല കാലവുമായി ബന്ധപ്പെടുത്തി മുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഇതുവരെ താൻ ബന്ധനസ്ഥനായിരുന്നു ഇപ്പോഴും ബന്ധനസ്ഥനാണ് ഇനി പ്രകാശയിഷ്യതി സവിത സൂര്യൻ അന്ധകാരത്തെ മാറ്റി പ്രകാശിപ്പിക്കുന്നതുപോലെ അതുവരും നാളെ ഭാവി കാലമാണ് പ്രകാശയിഷ്യതി കാലവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു മോക്ഷത്തിന്റെ സ്വരൂപം എന്താണ് അത് കാലാതീതമാണ് നിത്യമുക്തമാണ് ആ നിത്യജീവനിൽ അത് നിത്യ മുക്തമാണ് നിത്യവിജ്ഞാനത്തിൽ നിത്യമുക്തമാണ് എന്നാലും ചിന്തിക്കും ആ ജീവഭാവത്തിലിരുന്നു കൊണ്ട് നാളെ അത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്നു നാളെ അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെല്ലാം ഉപാധികൾ കൊണ്ട് സംഭവിക്കുന്നതാണ് അതൊന്നും പരമാർത്ഥമാണ് ആ കല്പനകളൊന്നും പരമാർത്ഥമല്ല ഉപാധി പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ആ അവദ്യയുടെ പരിണാമമായ അന്ധകരണം അതിൽ തന്നെ അതിസൂക്ഷ്മമായ അഹംവൃത്തി അഹംപരിണാമം അതിനോട് ചേർന്ന് വരുന്ന മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതെല്ലാമാണ് ഉപാധി ഈ ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് ഉപാധിയിലാണ് കാലദേശ ഭാവങ്ങളെല്ലാം രൂപം കൊള്ളുന്നത് അതിനെ ആശ്രയിച്ചിട്ട് ജീവൻ കൽപ്പിക്കുക അഗ്നിയെ സംബന്ധിച്ച് പറയുന്നില്ല അഗ്നി ദഹിപ്പിക്കും അത് ശരിയാണ് അഗ്നി മുമ്പ് ദഹിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ദഹിപ്പിക്കുന്നു നാളെ ദഹിപ്പിക്കുന്നു കാലദേശങ്ങളുടെ പരിമിതിയിലാണത് പ്രകാശിക്കുന്നത് സൂര്യനെ സംബന്ധിച്ചത് ശരിയെന്നത് പ്രകാശിപ്പിക്കുന്നു പക്ഷേ ഇത് അങ്ങനെ പ്രകാശിപ്പിക്കുന്ന ഒന്നല്ല കാലവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുന്ന ഒന്നല്ല എന്തുകൊണ്ട് അവിടെ കാലദേശ പരിമിതികളില്ല എന്നാണത് പറയും ഭാവാഭാവിയോർ നിമിത്തത്വമാണ് ഈ ഭാവാഭാവങ്ങൾ ജ്ഞാനത്തിൻ്റെ ഭാവം ജ്ഞാനത്തിൻ്റെ അഭാവം ഇതെല്ലാം നിമിത്തത്തെ ആശ്രയിച്ചിരിക്കുന്നു ഈ നിമിത്തത്തിന് ഉപാധി ഇതിന് അദ്വൈതത്തിൽ തന്നെ പല പേരുകളാണ് ചിലടത്തേതിന് നിമിത്തം എന്ന് പറയും ചിലടത്തേതിന് ഉപാധി എന്ന് പറയും ടുത്ത് ഇതിന് വിശേഷണം എന്ന് പറയും ആ വിശേഷണം ഉപാധി നിമിത്തം എന്നുള്ള കല്പനകളനുസരിച്ച് ഇതിന് പേരിലും വ്യത്യാസമുണ്ട് അങ്ങനെ നിമിത്തമായിട്ടെടുക്കുമ്പോൾ അത് പ്രതിബിംബവാദം ആഭാസവാദം അങ്ങനെ പറയും ഉപാധിയായിട്ടെടുക്കുന്നു പിന്നെ അപച്ഛേദകമായിട്ടെടുക്കുന്നു അത് ആഭാസവാദം പ്രതിബിംബവാദം അങ്ങനെ പലതരത്തിലുള്ള ചിന്താതി പലതരത്തിലും ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട് ഉപാധിയായിട്ടും അവച്ഛേദകമായിട്ടും നിമിത്തമായിട്ടും സ്വീകരിച്ചിട്ടുണ്ട് പലതരത്തിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അത് വാദഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അവച്ഛേദകം ബിംബം പ്രതിബിംബം ആഭാസ നിമിത്തം അങ്ങനെ പലതരത്തിൽ അത് ഈ പരസ്പരം വാദികളെ വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിന്താരീതികളാണ് അത് അതുവരും കാര്യമൊന്നും അവച്ഛേദവാദമൊന്നും ആഭാസവാദമെന്നോ പ്രതിബിംബവാദമെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വിശേഷിച്ചൊന്നും പ്രയോജനമൊന്നുമില്ല ഇപ്പോൾ എടുത്തു പറയുന്നത് ചൈതന്യം വിശിഷ്ടമായിരിക്കുന്നു ഇപ്പോൾ എടുത്തു പറയും ചൈതന്യം അതിൽ നിന്ന് മാറിയിരിക്കുന്നു ഉപാധി ചൈതന്യത്തിൽ നിന്ന് മാറിയിരിക്കുന്നു ഉപാധികളൊരു അവിഛേദമായിരിക്കുന്നു ഇപ്പോൾ അടുത്ത് പറയുക അത് ഉപാധിയായി തന്നെ ഇരിക്കുന്നു അത് ഇത്തരം വാദങ്ങൾ എല്ലാം ഇവിടെയാണ് ചർച്ച ചെയ്യുന്നത് ഈ സന്ദർഭത്തിലാണ് വല്യ പ്രയോജനമുള്ള കാര്യങ്ങളല്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് താനും പ്രത്യേകിച്ച് നമ്മള് ധാരാളം മുറി വിദ്വാന്മാരുള്ളപ്പോ ഇപ്പേരെങ്കിലും പറയാതിരുന്നുകഴിഞ്ഞാൽ എനിക്ക് വിവരമില്ലെന്ന് ധരിച്ചോളാം അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് അത് വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല അത് ഉപാധിയായാലും ശരി അവച്ഛേദകമായാലും ശരി ശരി ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യമൊന്നും ഈ ചൈതന്യം ഈ പറയുന്ന അഹം തുടങ്ങിയ ഉപാധികളോടുകൂടി ചേർന്ന് കാലദേശങ്ങളോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള ഈ സങ്കല്പങ്ങളുണ്ടാകും ബോധാത്മാവിൽ ബോധവും അബോധവും ഉണ്ടാകും അവൻ ബോധാബോധവും സമഞ്ജസവും എന്ന് പറഞ്ഞ് സംഭവിക്കും ഇപ്പൊ സ്വയം അവൻ ബന്ധനസ്സനാണെന്ന് മോക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു മോക്ഷം നേടുന്നു ഇത് സർവ്വതും എന്താണ് ഈ ഉപാധി ആശ്രയിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് ഇത് സർവ്വതും ഈ നിത്യവിജ്ഞാനത്തിലെ ആരോപങ്ങളാണ് ഇതൊന്നും പരമാർത്ഥമല്ല അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം അപ്പോൾ ഈ വിജ്ഞാനം ഈ തത്വോപദേശത്തിൻ്റെ പ്രയോജനം എന്താണ് ഈ ആരോപങ്ങളെന്ന് പ്രവർത്തിക്കുക അതുമാത്രമേ ഉള്ളൂ പക്ഷേ ചെന്തെങ്കിലും അതിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ വന്നത് മുൻഭാഗത്തത് പറഞ്ഞെന്താണോ ഭാഷകാരൻ പറഞ്ഞു ലോക അധ്യാരോപ അപോഹാർത്ഥ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ ഈ ഇതിൻ്റെ പ്രയോജനം തോന്നി ഉപദേശത്തിന്റെ പ്രയോജനം ഉപദേശം കൊണ്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ പറഞ്ഞു ലോകത്തിന്റെ അധ്യാരൂപത്തെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിയിട്ടാണ് ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ തത്വജ്ഞാനം അതിനുവേണ്ടി മാത്രമാണ് അനാദിയായി തുറന്നു വരുന്ന ഈ ആരോപണം നിവർത്തിക്കുക അല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല അതുമാത്രമേ സംഭവിക്കുന്നുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും കൊണ്ട് കയറി വരുന്നുണ്ട് സമാധിയെന്നോ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠയെന്നോ അല്ലെങ്കിൽ അപരോക്ഷ ജ്ഞാനമെന്നോ മോക്ഷമെന്നോ ഒക്കെ പറയുമ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൽപ്പനകൾ മാത്രമാണ് മനോകൽപ്പനകൾ ഈ കൽപ്പനകളെയെല്ലാം നിവർത്തിപ്പിക്കുക അതാണ് ഇതെല്ലാം എന്തിരിക്കുന്നു എവിടെ കൽപ്പനയുണ്ടോ അതാരോപങ്ങളാണ് ആരോപാര ആരോപങ്ങളെ നിവർത്തിപ്പിക്കുക വെളിച്ചത്തെ വെളിച്ചമായിട്ടുണ്ട് അത് വേറെ രീതിയിൽ പരിചയപ്പെടുത്താൻ പറ്റത്തില്ല പിന്നെ മറ്റു രീതി പരിചയപ്പെടുത്താൻ എന്താണ് ഇരുട്ടിനെ നശിപ്പിക്കുന്നത് അതാണ് ഇവിടെ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് അത് പരവുമായ കാര്യം നമ്മൾ മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്താണ് ആരി അധികമത്തിനും മറ്റു സാധനങ്ങളും സാധനാന്തരം നമ്മളിക്കും അതാണ് പരമാർത്ഥി എന്നാലും നമ്മൾ മറ്റ് സാധനങ്ങളെ ആഗ്രഹിക്കുന്നു തത്വബോധം അനായാസമായി സംഭവിക്കുന്ന കാര്യമാണ് അത് സഹജമായി സംഭവിക്കുന്ന കാര്യമാണ് യത്നങ്ങളെല്ലാം ഈ ആരോ പന്ത് വൃത്തിക്ക് വേണ്ടിയിട്ടാണ് അതിനു ശ്രുതിവാക്യത്തിൽ നിന്ന് തന്നെ അതിന് സാങ്കേതികമായി മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അസത്വപാതകം അഭാനാപാതകം എന്നെല്ലാം പറഞ്ഞ് പല സാങ്കേതിക ചർച്ചകളുണ്ട് ആ സാങ്കേതികത്വം എല്ലാം വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യ ഇതേ എന്താണ് ഈ ആരോപങ്ങൾ നിർത്തിപ്പിക്കുക ഈ ആരോപത്തിൽ നമ്മുടെ മോക്ഷ സങ്കല്പവും പെടും നമ്മുടെ ജ്ഞാനസങ്കല്പങ്ങളും പെടും അതിനെ നിവർത്തിപ്പിക്കുക ജ്ഞാനദാർഢ്യം എന്നൊക്കെ പറയുന്നതാണ് തത്വജ്ഞാനം ആ ശ്രവണത്തിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞു അജ്ഞാനികളായിട്ട് ആരുമില്ല ഒന്ന് അത് സഹജമായി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ സ്വയം പ്രകാശം എന്നാണ് പറയുന്നത് ഞാൻ സഹജമായി അതിനടുത്ത് ഒരു പ്രതിബോധവിരുദ്ധം അവിടെയും പറയും ഞാൻ സഹജമായി പ്രകാശിച്ചുകൊണ്ടേ ശ്രവണം പുതിയതായി നിങ്ങൾക്കൊരു ജ്ഞാനത്തെ ഉണ്ടാക്കിത്തരുന്ന എന്തുകൊണ്ട് ഞാനും കൃതമല്ല സൃഷ്ടിക്കാവുന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിച്ചെടുക്കാമെന്നുള്ളൊരു ജ്ഞാനത്തെയാണ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ഞാൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു സമ്മാതി അങ്ങനെയുള്ളതല്ല സഹജമായി അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അനുപദേശത്തിന്റെ ആവശ്യം ഈ അധ്യാരോപ അപ്പോഹാര തത്വ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഈ അധ്യാരോപം അത് വിശദീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ ബന്ധനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് പറയുന്നു ശരി ഞാൻ തത്വ ശ്രവിക്കുന്നു എനിക്ക് ബോധമുണ്ടായി പക്ഷേ എന്തായാലും എന്നാലും ആ ബോധം വന്നിട്ടും സത്യവിന്നതാണെന്നറിഞ്ഞിട്ടും വീണ്ടും ബന്ധനം അനുഭവപ്പെടുന്നു സുഖവും ദുഃഖവും അനുഭവപ്പെടുന്നു കാമത്തിനും ക്രോധത്തിനും കീഴ്പ്പെടുന്നു വികാര വിചാരങ്ങൾക്ക് വഴങ്ങിപ്പോകുന്നു അപ്പോൾ എനിക്ക് സംസാരം നൂടെ സംഭവിക്കുന്നില്ല തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നില്ല അതാണ് നമ്മൾ സാറിന് പറയുന്ന പരാതി ബോധ്യപ്പെട്ടിട്ടും വീണ്ടും ഇത് പിടികൊടുക്കണം ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ പറയുന്നത് നിങ്ങളിവിടെ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഈ സംസാരം അടുത്ത് ഇത് അവസാനിക്കുന്നിടത്തും പറയും ഇവിടെ നമ്മൾ സംസാര നിവൃത്തിയെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ നമ്മുടെ സങ്കല്പത്തിലുള്ള സംസാര നിവൃത്തിയല്ല ഇവിടെ സങ്കല്പം ഇവിടെ സംഭവിക്കുന്നത് സംസാര നിവൃത്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്ക് അവസാനം നമ്മുടെ സങ്കല്പങ്ങൾ അനന്തമാണ് ആ അനന്തമായ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള സംസാരം നിവൃത്തി സംഭവിക്കത്തില്ല എന്തുകൊണ്ടത് സങ്കല്പത്തിന്റെ അതിങ്ങനെ അനന്തമായി തുറന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ നമുക്ക് ഈ സംസാരത്തിൽ നിന്നും നിവൃത്തി ഉണ്ടാകത്തില്ല നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ നമുക്ക് ദുഃഖ നിവൃത്തി ഉണ്ടാകത്തില്ല നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമാധിശിയിരിക്കുന്നത് സമാധി ശരിച്ചു കഴിഞ്ഞാൽ നടക്കും നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ദുഃഖ നിവൃത്തി ഉണ്ടാകും ദുഃഖാനുഭവം ഉണ്ടാകാതിരിക്കും സുഖാനുഭവം ഉണ്ടാകാതിരിക്കും അതാണല്ലോ നമ്മുടെ സങ്കല്പം അത് സമാധിയിലെ സംഭവിക്കത്തുള്ളൂ തത്വജ്ഞാനത്തിന് അത് വീണ്ടും നിങ്ങളത് ആഗ്രഹിക്കുന്നു എന്താണോ അങ്ങനെ ഒരു ദുഃഖ നിവൃത്തി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സങ്കല്പ നിവൃത്തിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നു ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമാണ് എന്താണ് സങ്കല്പനിവൃത്തിയെ സങ്കല്പിക്കുക ഇതാണ് നമ്മൾ സംസാര നിവൃത്തിയെ സങ്കല്പിക്കുന്നു എന്ന് പറയുന്നത് അതെങ്ങനെ സാധ്യമാകും സങ്കല്പം നിവൃത്തിയെ നിങ്ങൾ സങ്കല്പിച്ചാൽ ആ സങ്കല്പം തന്നെ എങ്ങനെ സങ്കല്പം നിവൃത്തി സംഭവിക്കും സമാധി പോകേണ്ടി വരും സമാധിയിൽ സങ്കല്പം നിവൃത്തി സംഭവിക്കുന്നു പക്ഷേ അത് സ്ഥായിയായ ഒരു പരിഹാരമില്ല സമാധി വിട്ടുകഴിഞ്ഞാൽ സമാധിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നു നിങ്ങളൊരു കല്പം മുഴുവൻ സമാധിയിൽ ഇരുന്നിട്ട് ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ഏതൊരു സങ്കല്പം നിവിടുത്തിയാണോ ആഗ്രഹിച്ചത് അത് സംഭവിച്ചില്ല എന്നാണ് വീണ്ടും സങ്കല്പത്തിലേക്ക് വന്നത് അപ്പോൾ അതല്ല ഇവിടെ തത്വജ്ഞാനം അതല്ല ഇതെല്ലാം തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അധ്യാരോപമാണ് ഇവിടെ പറയുന്ന അധ്യാരോപ നിവൃത്തിയാണ് അധ്യാരോപ നിവൃത്തിയിൽ ആരോപ നിവൃത്തിയിൽ അവിടെ നമ്മുടെ മോക്ഷത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ നിവൃത്തിയാണെങ്കിൽ തത്വജ്ഞാനത്തിൽ നിന്ന് തത്വജ്ഞാനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച കാര്യം എന്തൊക്കെയാണോ അതിന്റെ നിവൃത്തിയാണ് സംഭവിക്കേണ്ടത് തത്വജ്ഞാനം തത്വജ്ഞാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ ആ ജ്ഞാനം നമ്മളെ എന്താണോ ഒരു മനുഷ്യന് ഭൂതം പിടികൂടിയതുപോലെ വിടാതെ പിടികൂടണം തത്വജ്ഞാനം സുഖ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല സംസാര പ്രതീതി ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെയാണ് ആരോപങ്ങൾ ഇതും ആരോപത്തിൽപ്പെടുന്നതാണ് ബന്ധത്തെക്കുറിച്ചുള്ള അനുഭവത്തെ പോലെ തന്നെയാണ് മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ആരോപങ്ങളാണ് ഈ ആരോപങ്ങളാണ് നമ്മളെ ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആരോപ നിവൃത്തിയാണ് പതാണ തത്വജ്ഞാനത്തിൻ്റെ ഫലം അതുകൊണ്ട് ഇവിടെ ദക്ഷത്യ അഗ്നി പ്രകാശേഷ സവിത എന്ന് പറയുന്നത് പോലെ നാളെ ഒരു പ്രകാശമുണ്ടാവും ആ പ്രകാശത്തിൽ ദുഃഖങ്ങൾ അവസാനിക്കും അവിടെ ഞാൻ മുക്തനായിത്തീരും അവിടെ ഞാനിൽ എന്നിൽ വരയ്ക്കും ഇത്തരം സങ്കല്പങ്ങൾ അധ്യാരൂപങ്ങൾ ഇതിൻ്റെ നിവൃത്തിയാണ് ഇതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നു ഇതാണ് സംഭവിക്കേണ്ടത് ഏവഞ്ച സുഖദുഃഖ ബന്ധമോക്ഷദ്ധ്യാരോപ അതാണ് പറയുന്നത് അതി അധ്യാരോപം ഇതെല്ലാമാണ് അധ്യാരോപം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും അധ്യാരോപുമാണ് ബന്ധം അധ്യാരോപമാണ് മോക്ഷം മോക്ഷം അധ്യാരോപമാണ് സു വിചാരിക്കുന്നു ഞാൻ പറയുന്ന നല്ല ഭാഷകാരം പറയുന്ന മോക്ഷാദി അധ്യായം നമ്മൾ അധ്യാരോപത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ആരോപിച്ചിരിക്കുകയാണ് ആ ബോധാത്മാവിലുള്ള ആരോപണങ്ങൾ ഇതിൽ നിന്നുള്ള നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് തത്വജ്ഞാനം അല്ലാതെ നമ്മൾ കരുതുന്ന മോക്ഷത്തെ നമുക്ക് തരാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും നമുക്ക് തരാൻ വേണ്ടിയിട്ടുണ്ട് മോക്ഷ അധ്യാരോപം ലോകസ്യ ജീവന്റെ ഈ മോക്ഷാധ്യാരോപം ആ മോക്ഷാധ്യാരോപം മാറുന്നതാണ് മോക്ഷം മോക്ഷാധ്യാരോപമല്ല മോക്ഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം മോക്ഷം അധ്യാരോപമായിരുന്നു അതല്ല മോക്ഷം എന്നാണ് ഇവിടെ പറയുന്നത് തത്വജ്ഞാനം കൊണ്ടതാണ് സാധിക്കേണ്ടത് മോക്ഷാധ്യാരോപ നിവൃത്തി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്താണോ മോക്ഷം സഹജമാണ് മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം അധ്യാരോപണം നമ്മൾ മോക്ഷത്തെക്കുറിച്ച് നമ്മൾ തത്വജ്ഞാനം പരമാർത്ഥിതാണെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ തരുന്നു എന്താണോ ഞാൻ മുക്തനായില്ല എന്ന് കരുതുന്നു ഇതാണ് മോക്ഷത്തെക്കുറിച്ചുള്ള അധ്യായം പക്ഷേ അതങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്തുകൊണ്ട് വെളിച്ചം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുട്ട് നശിക്കണം രണ്ടാമതൊരു ഇരുട്ടത് സംഭവിക്കാൻ സാധ്യമില്ല വെളിച്ചത്തിൻ്റെ സ്വഭാവമാണ് ഇരുട്ടാൽ പറയുന്നു പറയുന്ന കാര്യം മനസ്സിലായി ഞാൻ ആത്മാവാണെന്ന് പറയുന്ന മനസ്സിലായി ശരീരമല്ല എന്ന് പറയുന്ന മനസ്സിലായി ഞാൻ നിത്യമോക്തനാണെന്ന് പറയുന്ന മനസ്സിലായി എന്നാലും എന്നൊരു ബന്ധമുണ്ട് എന്നാലും എനിക്കിനി മോക്ഷം നേടണം ഇതാണ് മോക്ഷാധ്യായവും ഈ ഒരു സങ്കല്പം തുടരുന്നത് ഇത് മോക്ഷാധ്യായവും അപ്പോൾ ഈ മോക്ഷാധ്യായവും മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് മോക്ഷാധ്യാരോപങ്ങൾ മോക്ഷത്തിന് തടസ്സമായിരിക്കില്ല സൂര്യൻ സവിതാവ് ആകാശത്തിൽ പ്രകാശിച്ചിരിക്കുന്നു കാർമ്മയുഗങ്ങളാണ് അതിൻ്റെ കാഴ്ചയെ തടയുന്നത് പക്ഷേ പ്രകാശത്തിന് എന്തെങ്കിലും ന്യൂനതയുണ്ടോ അതിന്റെ പ്രകാശത്തിന് യാതൊരു ന്യൂനതയില്ല അത് ഏകരൂപത്തിൽ തന്നെ പ്രകാശിച്ചിരിക്കുന്നു അവിടെ കാർമേഘം വന്നിരിക്കും കാർമേഘം മാറി ആകാശം അസംഗമായി തന്നെ ഇരിക്കും ആകാശത്തിൽ നീലിമ വന്നിരിക്കും വന്നില്ലെന്നിരിക്കും പ്രകാശം ഉണ്ടെങ്കിൽ നീലിമ അത് കാണത്തില്ല അവിടെ മേഘം വന്നെന്നിരിക്കും വന്നില്ലെന്നിരിക്കും ആകാശത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ട് ഇപ്പൊ മേഘത്തിന്റെ വരവിലോ പോക്കിലോ ആകാശത്തിന് ഉൾക്കണ്ട അത് മാത്രമല്ല ആകാശം ഒരിക്കലും മേഘത്തിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നു മേഘം ഒഴിഞ്ഞു പോകണമെന്ന് ആകാശം ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് ആകാശത്തിന്റെ സ്വഭാവം തന്നെ അസംഗമാണ് ആകാശത്തിന് മേഘം ബന്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആകാശത്തിന് മേഘത്തിൽ നിന്ന് മുക്തിയും ആവശ്യം ബന്ധിച്ചാലേ മോക്ഷത്തിൻ്റെ ആവശ്യവും അതിന്റെ സ്വഭാവം എന്താണ് അസംഘം അതുപോലെ ആത്മസ്വഭാവം അസംഘമാണോ അതുകൊണ്ട് ഈ സ്വസ്വരൂപത്തെ സംബന്ധിച്ചിടത്തോളം നിത്യവിജ്ഞാന സ്വരൂപത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധവും മോക്ഷവും കേവലം അധ്യായവുമാണ് അതാണ് ഇവിടെ പറഞ്ഞത് ബന്ധം മോക്ഷാദി അധ്യാരോപം മോക്ഷത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ട് മോക്ഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു അങ്ങനെ ഇരിക്കെ മോക്ഷം അധ്യാരോപമാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതിനെയാണ് ബന്ധമെന്ന് പറയുന്നത് അതിനീകരിക്കുന്ന ആ ബുദ്ധിമുട്ട് അത് തന്നെയാണ് ബന്ധനം അപ്പൊ മോക്ഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബന്ധനം തന്നെ എന്നാൽ ഇവിടെ ഭാഷകാരം പറയുന്നത് എന്റെ അഭിപ്രായം നമ്മുടെ ഭാഷകാരം പറഞ്ഞു സുഖ ദുഃഖ ബന്ധ മോക്ഷാ ലോകസ്യ തും മറ്റും പ്രയോജനം എന്താ ഈ ബന്ധ മോക്ഷാധ്യാരോപത്തെ മാറ്റുക പ്രകാശം വന്നാൽ പിന്നെ അവിടെ ഇതിട്ടില്ല ഈ രക്ഷനവിടെ ഇല്ല എന്നാലും നമ്മൾ പ്രകാശം കണ്ടുകൊണ്ടിരിക്കുക അവിടെ ഈ രക്ഷൻ കൽപ്പിച്ചാർ എന്തി പ്രകാശത്ത് നിന്ന് ഒരാൾ പറയുകയാണ് ഇതെന്നെ സംബന്ധിച്ചിടത്തോളം രക്ഷാണെന്ന് പറഞ്ഞാൽ എന്തി അതാണ് അധ്യായം ലോകസ്യ അതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് യുക്തിക്ക് ബോധിക്കുന്ന ഒരു കാര്യമല്ല ുന്നു ശ്രവണം തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ ശ്രവണം തന്നെ ജ്ഞാനത്തിൽ ഉണ്ടാകുന്നു ആ ജ്ഞാനം തന്നെ ഒരുവനെ മുക്തനാകുന്നു അത് സംഭവിക്കുന്നു എന്നാ ഞാൻ ബന്ധത്തെയും മോക്ഷത്തെയും ആരോപിച്ചാലും നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു ആത്മാവിൻ്റെ മുക്തിയെ നശിപ്പിക്കുന്നതിന് ഈ ബന്ധം മോക്ഷകൽപ്പനകൾക്കൊന്നും ശേഷിയില്ല അതാണ് പരമാർത്ഥം പറയുന്നു അങ്ങനെ ഒരു പരമാർത്ഥ ബോധിപ്പിച്ചാൽ എന്താ അതിൻ്റെ ഫലം അവിടെ ഈ ചിത്തവിക്ഷേപങ്ങൾ അടങ്ങണ്ടേ മനസ്സിന് സമാധാനം വരണ്ടേ ശാന്തി വരണ്ടേ ദുഃഖം നിർത്തി സംഭവിക്കേണ്ടേ എന്ന് വീണ്ടും ചോദിക്കും അപ്പം ഇതിനെയെല്ലാം കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളാണ് തടസ്സമായിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതിനുള്ള അധ്യാരോപം എന്ന് പറയുന്നത് അതെല്ലാം പരമാവധി തത്വം സംഭവിച്ചിരിക്കുന്നു നിത്യമുക്തമായ നിത്യവിജ്ഞാനത്തിൽ ഇതിങ്ങനെ ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ശ്രുതിബോധിപ്പിക്കുന്നത് തത്വജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനമാണ് ഈ ആരോപത്തെ നൂടെപ്പിക്കുന്നത് അപ്പോൾ ആ തത്വജ്ഞാനത്തിന് ശേഷം പിന്നെ ഒരു ബന്ധനമില്ല വീണ്ടും ബന്ധനത്തെ ആരോപിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ ബന്ധന അനുഭവം എന്ന് പറയുന്നത് എന്താണ് കേവലം ആരോപം മാത്രമാണ് അതാണ് അത് വാക്കുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കുക പ്രയാസമുള്ള കാര്യമാണ് തത് അപേക്ഷ തത്വമത്മാനമേവേ ആത്മാ അവബോധ ഉപദേശേന ശ്രുതേഹ കേവലം അധ്യാരോപ അപോഹാർത്ഥ ശ്രുതി എന്താണ് ശ്രമിക്കുന്നത് ഈ അധ്യാരോപ അപോഹ ആണോ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്കവിടെ ഒന്നും കൊണ്ട് തരുന്നില്ല അവിടെ ഒരു വലിയ പ്രകാശത്തെ കൊണ്ടുവരുന്നില്ല വലിയൊരു തത്വജ്ഞാനത്തെ കൊണ്ടുവരുന്നില്ല എന്തെങ്കിലും വിദ്വത്വത്തെ അവിടെ തരുന്നില്ല നമ്മുടെ കൽപ്പനയിലുള്ള ഒരു മോക്ഷത്തെയും അവിടെ തരുന്നു പിന്നെ എന്താണോ ഇതിപ്പോൾ നമ്മൾ കരുതുന്നത് ഇതാണെൻ്റെ ബന്ധനം ചിലരെ സംബന്ധിച്ച് ഈ ലൗകികമായ വിഷയങ്ങളാണ് ബന്ധനം അതിനവർ ബന്ധനമായി കരുതുന്നു ലൗകിക വിഷയങ്ങളിലുള്ള മനസ്സിന്റെ ആകർഷണം ആകർഷകത്വം കാമം ക്രോധം ഇതെല്ലാം ബന്ധനമായി കരുതുന്നു അതിൽ മോചിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് നേരത്തെ പറഞ്ഞ സുഖദുഃഖബന്ധാരവും ചിലർക്ക് ബന്ധമായിരിക്കുന്ന എന്താണോ ഈ തത്വജ്ഞാനം അതാണ് മോക്ഷാധ്യായവും ഇതെന്നാണ് മറ്റു ചിലർക്ക് ബന്ധനമായിരിക്കുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഈ വിഷയഗ്രഹണം ബന്ധനമായിരിക്കുമ്പോൾ ചിലർക്കെന്താണ് തത്വഗ്രഹണം തന്നെ ബന്ധനമായിരിക്കുന്നത് ഇവിടെ പറയുന്നു ആ അധ്യാരോപം ഇനി അതാണ് ബന്ധനമായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഈ ജ്ഞാനം തന്നെയാണ് ഒരു ഭാരമായി അനുഭവപ്പെടുന്നതെങ്കിൽ അതിന്റെ അപൂഹാർത്ഥം അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രുതി വ്യർത്ഥമല്ല ശ്രുതി അതിന് നിരാകരിക്കാൻ ശ്രമിക്കുന്നു ശ്രവണത്തിലൂടെ അതിനെ സഹായിക്കുന്നു ശ്രമിച്ചതിന് ശേഷം പിന്നെ ബന്ധനം അതിന് അതിനൊരു നിലയിലുണ്ട് അത് നിലനിൽക്കാൻ യാതൊരു അവകാശമില്ല കാരണം ശ്രുതി അതിന്റെ ധർമ്മത്തെ നിർവഹിച്ചു അത് ഉപദേശിച്ചു കഴിഞ്ഞെന്താണ് തത്ത്വ മസീജ് അപ്പോൾ അവൻ ബോധിച്ചെന്താണ് താൻ അതാണ് തന്റെ വാസ്തവ സ്വരൂപം ഇന്നതാണ് പിന്നെ അവിടെ ബന്ധനമില്ല വീണ്ടേയും അവിടെ ബന്ധനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത് വിമോക്ഷാധ്യാരോപമാണ് ഞാനാണ് മോക്ഷാധ്യാരോപമാണ് അവിടെ പറയുന്നു എന്താണ് എനിക്കത് ബോധിച്ച് വീണ്ടും ഞാൻ സംസാരത്തിനടിമയായി വീണ്ടും ഞാൻ എന്റെ സങ്കല്പങ്ങൾ കടിമയായി എന്തുകൊണ്ടങ്ങനെ പറയുന്നു നമ്മുടെ മോക്ഷാധ്യാരോപം നിലനിൽപ്പനകൾ നിലനിൽക്കുന്നു ആ കൽപ്പനകൾ ലൂടെ നമ്മൾ പലതും ഇച്ഛിക്കുന്നു ആ കൽപ്പനകളിലൂടെയുള്ള മോക്ഷത്തെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിക്കുന്നില്ല ആ അധ്യാരോപത്തെ അണുശ്രുതിയുടെ അല്ലെങ്കിൽ ശ്രവണ ഇവിടെ നിരാകരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇവിടെ ആഗന്ധവുമായി വന്നു ചേരുന്നതായി ഒന്നും നിങ്ങൾക്കെന്തെങ്കിലും തരാനായിട്ട് ശ്രുതിയുടെ കയ്യിലൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാനായിട്ട് ഇവിടെ ശ്രുതിയുടെ കയ്യിലൊന്നുമില്ല ശ്രുതി അതിനുവേണ്ടി ഒന്നും പറയുന്നില്ല മറിച്ച് ആരോഗ്യ നിവൃത്തി മാത്രം നേരത്തെ ചോദിച്ചു ഇതാർക്കാണ് ബന്ധം ആർക്കാണ് ഈ മോക്ഷം ആ മോക്ഷം എന്താണ് തത്വജ്ഞാനം അതെങ്ങനെ സാധിക്കുന്നു അതിനെല്ലാം ഉള്ള സമാധാനങ്ങളുടെ പറയുന്നത് അധ്യാരോപ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അല്ല നിത്യവിജ്ഞാന സ്വരൂപനായിരിക്കുന്ന ഈ ശ്രോതാവിന് ഇനി മറ്റൊന്നും അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല ഇനി ഒരു മോക്ഷമെന്ന് പറയുന്നത് അത് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇപ്പം എവിടെയാണ് തകരാറ് പറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരിക മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ഇതിന് തടസ്സമായിരിക്കുന്നത് മുക്തിയെ നമ്മുടെ സങ്കല്പമല്ലാതെ വേറൊന്നുമല്ല ഒരാജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് തടസ്സമൊന്നുമില്ല ലോകം എങ്ങനെയോ അതവൻ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സുഖവും ദുഃഖവും ജനനവും മരണവും എല്ലാം അവൻ ഉള്ളതായി അനുഭവിച്ചുകൊണ്ടിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണമായ സുഖ ദുഃഖങ്ങളെയും ബന്ധത്തെയും എല്ലാം സ്വീകരിച്ചിരിക്കുന്നു അത് തത്വദക്ഷി നോക്കുമ്പോൾ അത് അതിന്റെ അധ്യായം ആശയമു തത്വശ്രവണം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ മോക്ഷത്തെ ആരോപിക്കും മോക്ഷത്തെ ആരോപിച്ചിട്ട് അവൻ നിരന്തരം ബന്ധത്തിൽ തന്നെ പോകും തത്വത്തെ ബോധിച്ചാലും വീണ്ടും അതാണ് പറയുന്നത് ഞാൻ തത്വത്തെ ശ്രവിച്ചു പക്ഷെ തത്വം മറന്നുപോയി അല്ലെങ്കിൽ എനിക്ക് തത്വത്തിന് തുടർന്ന് നീക്കാൻ കഴിയുന്നില്ല തത്വത്തിനെനിക്ക് പിന്തുടരാൻ കഴിയുന്നില്ല ഈ പറയുന്നത് വാസ്തവത്തിൽ എന്താണോ അതാണ് ഇവിടെ ഇപ്പോ ഭാഷകാരൻ പറയുന്നത് നിങ്ങൾ തത്വത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ തത്വത്തിൽ നിൽക്കുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത് തത്വത്തിൽ നിന്നും ഞാൻ വ്യതിചലിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ തത്വത്തിൽ ഉള്ള ഒരു സ്ഥിരത അതാണ് മോക്ഷം ഇങ്ങനെ മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ആ സങ്കല്പങ്ങൾക്കനുസരിച്ചിവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നു നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്ന മുമ്പും പറഞ്ഞത് അത്രയും വിശദീകരിച്ചല്ലെങ്കിലും നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്ന ഒരു മോക്ഷത്തെക്കുറിച്ചല്ല ഇവിടെ അദ്വൈതത്തിൽ പറയുന്നു ഭാഷ്യകാരൻ പറയുന്നു ശ്രുതി വെളിപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു മോക്ഷത്തെക്കുറിച്ചല്ല അങ്ങനെയുള്ള ഒരു മോക്ഷം ഒരിക്കലും നമ്മുടെ ഈ സങ്കല്പത്തിലൂടെ ഒരിക്കലും സാധ്യമാകത്തില്ല നമ്മൾ ജീവിതകാലം മുഴുവൻ തത്വശ്രവണം ചെയ്യുക ഈ ശ്രവണത്തെ ജീവിത അന്ത്യം വരെ ഒരു സാധനയായിട്ട് എടുക്കുക ഒരിക്കലും ഈ മോക്ഷ അധ്യാരോപം മാറാതെ മുക്തിയില്ല പിന്നീട് ഇത് മാത്രമേ തടസ്സമായിട്ടുള്ളൂ എന്താണ് ഈ മോക്ഷ കൽപ്പനകൾ മോക്ഷഭാവനകൾ ആത്യന്തികമായി അതിനെ നിവർത്തിപ്പിക്കുകയാണ് ഇത് അതുകൊണ്ടാണ് ഈ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് അനായാസമാണ് എന്തുകൊണ്ട് അത് സഹജമായതല്ല അനായാസമാണ് ഇവിടെ ഏതൊന്ന് സഹജമായിരിക്കുന്നു അത് അനായാസമാണ് അപ്പോൾ ശ്രുതി അതാണ് ചെയ്യുന്നത് വെളിച്ചം വരുക ഇരുട്ട് നശിക്കുക അതിൽ യത്നമില്ല അവിടെ വെളിച്ചം വരിക പിന്നീട് അവിടെ ഇരുട്ട് നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊന്നും ചെയ്യുക അങ്ങനൊന്നും സംഭവിക്കുന്നില്ല വിളിച്ച മൂന്നാൾ ഇരുട്ട് നശിക്കുന്നതിന് നമ്മൾ പറയുന്നവരാണ് സഹജം അതുപോലെ ഈ തത്ത്വശ്രവണത്തിൽ എന്താണോ സഹജമായി സംഭവിക്കുന്നത് അതാണ് മോക്ഷം എന്താണോ നമ്മൾ സങ്കല്പിക്കുന്നത് ഭാവന ചെയ്യുന്നത് നമ്മുടെ മനസ്സ് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നത് അതെല്ലാം ബന്ധനം അധ്യാരോപം അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് മോക്ഷത്തിന് ഒരേ ഒരു സ്വരൂപമേ ഉള്ളൂ എന്താണോ നിത്യമുക്തം അതാണ് മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പ്രകാശേഷ അങ്ങനെ ഒന്നില്ല അത് പ്രകാശിപ്പിക്കുന്ന ഒന്നല്ല സംഭവിപ്പിക്കുന്ന ഒന്നല്ല അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല മുഴുവൻ തപസ് ചെയ്യുക സാധനം അതൊരിക്കലും സംഭവിക്കത്തില്ല എന്തുകൊണ്ട് അവിടെ നിങ്ങൾ കാലത്തെ അപേക്ഷിക്കുന്നു നാളൊരോ കാലത്തേക്ക് സംഭവിക്കും ഇന്ന് ഞാൻ ശ്രവണം ചെയ്യും നാളെ മനനം ചെയ്യും മറ്റന്നാൾ നിധ്യാസനം ചെയ്യും അതിൻ്റെ അടുത്ത ദിവസം മോക്ഷം അങ്ങനെ സംഭവിക്കുന്ന ഒന്നല്ലേ പിന്നെ ഈ സങ്കല്പങ്ങൾ ഈ അധ്യാരോപങ്ങൾ ഈ സങ്കല്പങ്ങൾ മോക്ഷത്തെ സംബന്ധിച്ചില്ലാതാകുന്ന അത് തത്വശ്രവണത്തിൽ സംഭവിക്കുന്നതാണ് അതാണ് സംഭവിക്കേണ്ടത് തത്വശ്രവണത്തിൽ നിത്യമുക്തിയാണ് ഇങ്ങനെ നിൽക്കുന്നത് അവിടെ രണ്ടാമതൊരു മുക്തിയുടെ ആവശ്യവുമില്ല അത് സൗജന്യമാണ് ഇത് അഭിനയി ബോധിപ്പിക്കുന്നു വീണ്ടും പിന്നെ അതിനെക്കുറിച്ച് എന്തിനു സങ്കല്പങ്ങളുണ്ടാകും നാളത്തെ ഒരു മോക്ഷത്തെക്കുറിച്ച് സങ്കല്പിച്ചിട്ട് ലാഭമൊന്നുമില്ലാതെ അതിന് തടസ്സമായി ഇരിക്കത്തേ ഉള്ളൂ ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഒരു കാര്യമേ പറയാനുള്ളൂ അതിനെ തിരിച്ചും മറിച്ചും പറയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല പറയുന്നു യഥാ സവിത അസോ പ്രകാശേദി ആത്മാനം ഇതി തത്വം സൂര്യൻ എന്തു ചെയ്യുന്നു സൂര്യൻ ആത്യന്തികമായി അതിനെയാണ് പ്രകാശിപ്പിക്കുന്നത് അല്ലേ നമ്മൾ ധരിക്കുന്ന സൂര്യനെ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കണം ഇല്ല ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആരാണ് ഈ സൂര്യനെയും ലോകത്തെയും കാണുന്നവനാണ് അവനാണ് ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് സൂര്യൻ പ്രകാശിപ്പിക്കുന്നു ഇല്ല നിങ്ങൾ കണ്ടില്ലെങ്കിൽ സൂര്യൻ ആരോ പ്രകാശിപ്പിക്കണം ആരെയും പ്രകാശിപ്പിക്കുന്നു പിന്നെ സൂര്യൻ ആത്യന്തികമായി ചെയ്യുന്ന എന്താണ് അത് സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ അതുപോലെ ഈ ആത്മാവ് സദാ നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു അതാണ് നിത്യവിജ്ഞാന സ്വരൂപനെന്ന് പറയുന്നത് പക്ഷെ അവിടെ നിന്നും മാറി നിന്ന് രണ്ടാമതാണ് അതാണ് ജീവഭാവം എന്ന് പറയുന്നത് ആ ജീവഭാവത്തിൽ നിന്നുകൊണ്ട് കാണുന്ന എന്താണോ ഈ ആത്മാവിന്റെ പ്രകാശം കൊണ്ടും ഈ ലോകം പ്രകാശിക്കുന്ന തൻ്റെ മനസ്സ് പ്രകാശിക്കുന്നു ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുന്നു ശരീരം പ്രകാശിക്കുന്നു ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നു അവിടെ ബന്ധം പ്രകാശിക്കുന്നു മോക്ഷം പ്രകാശിക്കുന്നു ഇത് കാർക്ക പ്രകാശിക്കുന്നത് ആത്മാവിനല്ലോ അത് സ്വയം പ്രകാശിച്ചിരിക്കുകയാണ് ഈ ബന്ധമോക്ഷങ്ങളൊക്കെ പ്രകാശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മൂന്നുപേരെക്കുറിച്ച് തൃത്വത്തെക്കുറിച്ച് പറഞ്ഞു ആരാണോ ഈ ഭ്രാന്തി ഉണ്ടാക്കുന്നത് രജ്ജുവിൽ സർപ്പത്തെ കാണുന്നു രജ്ജുവിൽ സർപ്പത്തെ രജ്ജു കാണുന്നില്ല മരുഭൂമിയിൽ മരീചിക മരുഭൂമി കാണുന്നില്ല എല്ലാം കാണുന്നവരത്തിലുണ്ട് അവൻ മാറിയതൊക്കെ കാണിക്കുകയാണ് അത് മരുഭൂമിയുടെ തകരാറല്ല മരീചികയുടെ തകരാറല്ല കാണുന്നവന്റെ തകരാറാണ് അതുപോലെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധമോക്ഷത്തെ കാണുന്നവർ ബോധാർ നാവുണ്ട് ബന്ധമോക്ഷങ്ങൾ കഥിതനായി നിത്യമുക്തനായിരിക്കുന്ന ബോധാത്മാവുണ്ട് ആ നിത്യമുക്തനായിരിക്കുന്ന ബോധാത്മാവിൽ അത് ആദിത്യനെ പോലെ അത് പ്രകാശിക്കണമെന്നതിനെയും പ്രകാശിപ്പിക്കുന്നില്ല പക്ഷെ അവിടെ അതിനെ മാറി ബന്ധിപ്പിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് അവിടെയാണ് ഈ ബന്ധമോക്ഷങ്ങൾ നടക്കുന്നത് അതാണ് അധ്യാരോപം അതിൻ്റെ നിവൃത്തിയാണ് സ്വതി ഉപദേശിക്കുന്നത് തദ്വ ബോധ അബോധ കർത്തൃത്വം ച നിത്യബോധാത്മനി ബോധാബോധ കർത്തൃത്വം അതെവിടെ ഈ നിത്യബോധാത്മ അതാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ നിത്യമുക്തനും മുക്തിയെ സൃഷ്ടിക്കുന്നു അതിന് ശ്രമിച്ച് നടക്കാതിരുന്നിട്ട് നമ്മൾ പൊഴി പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിൽ നമ്മൾ മുക്തിയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു മുക്തിയെ ഭാവന ചെയ്യുന്നു ബോധാബോധകർത്തൃത്വം അവിടെ കൊണ്ടുവരുന്നു പറയുന്നു ഞാൻ അജ്ഞനാണ് എനിക്ക് മോചിക്കണം എനിക്ക് ബന്ധനത്തിൽ നിന്ന് മോചിക്കണം ഈ ദുസ്സഹമാണ് ഈ സ്വദുഖങ്ങൾ സഹിക്കാൻ വയ്യ ഇതവിടെ നിത്യബോധാത്മാവ് അവിടെ ബോധാബോധകർത്തൃത്വം ആ കർത്തൃത്വ സങ്കല്പങ്ങൾ ഇതാണ് ഇതാണ് അധ്യാരോപം ഇത് നിവർത്തിക്കുകയാണ് ഇതവിടെ ഇല്ല ഇത് തന്നിലില്ല എന്നാണ് ശ്രദ്ധി ബോധിപ്പിക്കുന്നത് അത് ബോധിച്ചിട്ട് വീണ്ടും അതെന്നെ ബന്ധിക്കുന്നുവെന്ന് സങ്കല്പിച്ച വീണ്ടും എനിക്കൊരു മോക്ഷം വേണം നേരിടണമെന്ന് സങ്കല്പിച്ച ആ സങ്കല്പങ്ങളുടെ ആ നിവൃത്തി സംഭവിച്ചിട്ടും വീണ്ടും അത് സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ ശ്രുതി അതിനാണ് ശ്രമിക്കുന്നത് ശ്രുതി എന്തിനു വേണ്ടിയാണോ ശ്രമിച്ചത് അത് ഫലവത്തായില്ല എന്നേ അതിനർത്ഥമാണ് അതെന്ന് പറയുന്നു നിത്യബോധാത്മാവൻ ബോധാബോധകർത്തൃത്വം സംഭവിക്കുന്നു അതാണ് ബന്ധമോക്ഷങ്ങൾ അതിനപ്പുറം നമ്മുടെ സങ്കല്പത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് സംശയമുണ്ട് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് തീർച്ചയായും എങ്ങനെയാണ് ബന്ധം നമ്മുടെ അനുഭവത്തിലുള്ളത് അതിനേക്കാൾ സഹജമായിരിക്കുന്ന ഒന്നാണ് മോക്ഷമെന്നാണ് പറയുന്നത് അതും അനുഭവത്തിലുള്ളത് അത് സഹജമായിരിക്കുന്നതാണ് ആദിത്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന് സഹജമായിരിക്കുന്നത് അന്ധകാരമല്ല വെളിച്ചമാണ് ആദിത്യന് ഇരുട്ട് സഹജമെന്ന് പറയാൻ പറ്റും അപ്പം ബന്ധം ബന്ധന സഹജമല്ല മറിച്ച് വെളിച്ചമാണ് സഹജമായിരിക്കുന്നത് മുക്തിയാണ് സഹജമായിരിക്കുന്നത് അപ്പോൾ ഒരാൾ പറയുന്നു എനിക്ക് തത്വബോധം ഉണ്ടായി പക്ഷേ ബോധം മറയുന്നു വീണ്ടും ഞാൻ ബന്ധനസ്ഥനാകുന്നു എന്നെല്ലാം പറയുന്നെന്താണ് ഇത് ആദിത്യനും ഇരുട്ടിനെ ആരോപിക്കുന്നതാണ് അതാണ് ആദിത്യ ഉദാഹരണം പറഞ്ഞത് ബോധാത്മനീ അതുകൊണ്ട് പറയുന്നു പഞ്ചദേവ തദ്വിദിതാത് അതോ അവിദിതാത് അഭിജ്ഞാനങ്ങൾക്കപ്പുറമാണ് എന്ന് പറഞ്ഞു സ്വസ്വരൂപം നിത്യമുക്തമാണതാണെന്നതിനെ ബോധിപ്പിക്കുന്നു ശ്രുതി അത് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വാക്കിൽ പറഞ്ഞാൽ വിശേഷം ഉണ്ടാകത്തില്ല അതുകൊണ്ട് അത്രയും വിശദമായിട്ട് ഭാഷ്യകാരൻ വിശദീകരിച്ചും ി പറയുന്നു തസ്മാത് അവിദിത അന്യോ അധി പറയുന്നു അതിശബ്ദ അന്യത്തെ അധി എന്ന് പറഞ്ഞു അന്യം എന്നുള്ളത് അർത്ഥത്തിൽ അങ്ങനെ പറയാൻ കാരണം അതിശബ്ദത്തിനുപരി എന്നുള്ള അർത്ഥമാണ് ഇവിടെ അധി അന്യം എന്നുള്ള അർത്ഥത്തിലാണ് യഥവാധിനി യഥോ അന്യ അതിശബ്ദത്തിന് രക്ഷണാർത്ഥത്തെ സ്വീകരിക്കുക അല്ലെങ്കിൽ അതിന് വിതനുസരിച്ചും പറയാം എന്താണോ ഏതാണോ അതിന് അതന്യമാണ് യഥാ അധി ഭദീനം രാജ ഭൃത്യാദീന അധിരാജ എന്ന് പറഞ്ഞാൽ ഭൃത്യാദികൾക്ക് അന്യനാണ് രാജാവ് അതിന്റെ കൂട്ടത്തിലുള്ള നന്യനാണ് എന്ന് പറയുന്നത് പോലെ അവിദിതം തദോന്യൻ വിദിതം അത് അറിയാം അറിയപ്പെട്ടത് അവിദിതം എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടുത്തെ ോധാബോധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ അറിവും അതല്ല പരവുമായ ഒരു അറിവില്ലായ്മയുണ്ട് അവ്യക്തം അവ്യക്തയിൽ നമ്മൾ പഠിച്ചതാണ് ആ വ്യക്തത്തിനപ്പുറം അല്ലെങ്കിൽ അതറിയപ്പെടാത്തതാണ് എന്ന് പറയുമ്പോ നമ്മൾ ധരിച്ചു നമ്മുടെ അന്ധകാരമാണ് നമ്മളെ അറിവില്ലായ്മയാണ് അതിനെ ഇവിടെ ഉദ്ദേശിക്കുന്നു നമ്മുടെ അറിവും അറിവില്ലായ്മയും അറിവിൽ അന്തർഭവിച്ചിരിക്കുന്നു നമ്മുടെ അറിവിനോട് ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ അറിവില്ലായ്മ വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മയും നമ്മുടെ അറിവിൻ്റെ വിഷയമാണ് ഞാൻ പറയുന്നു എനിക്കിന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം എന്നിട്ട് ഞാൻ പറയുന്നു എനിക്കിന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല ഇത് രണ്ടും അറിവിന്റെ രണ്ട് കോടികളാണ് ഭാഷകാരതന്നെ ഉദ്ദേശിക്കുന്നത് അറിയപ്പെടാത്തതെന്ന് പറയുമ്പോൾ അഭ്യക്തത്തെ അവ്യക്തമെന്ന് പറയുമ്പോൾ എന്താണ് അതന്നീയം അതിനെ കുറിച്ച് നമുക്ക് അറിയാം അറിയില്ല എന്ന് പറയാൻ വയ്യ അറിയാം അറിയില്ല എന്ന് പറയുന്ന ദ്വൈത വ്യവഹാരത്തിനപ്പുറം നിൽക്കുന്നതാണ് ഉദാഹരണം സുഷുതി സുഷുതിയിൽ അറിവോ അറിവില്ലായ്മയോ അല്ല ഉണ്ട് ഇല്ല എന്ന് പറയുന്ന അദ്വൈതം അവിടെ ഇല്ല മറിച്ച് എന്താണോ അത് അമ്പിക്തമാണ് രണ്ടും രണ്ടാണ് അറിവില്ലായ്മ എന്ന് പറയുന്നവര് അംബിക്തം എന്ന് പറയുന്നവര് അറിവില്ലായ്മ വിവഹരിക്കാം ഉണ്ട് ഇല്ല എന്ന് വിവഹരിക്കാം അതുകൊണ്ടാണ് പറയുന്നത് ഇന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ എനിക്ക് ഉണ്ട് എന്ന് പറയുന്നു അലങ്കി പറയുന്നു ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എനിക്കില്ല ഉണ്ട് ഇല്ല അസ്ഥി നാസ്തി എന്ന് വിവഹരിക്കാൻ കഴിയുന്ന തലമാണ് ഈ അറിവിൻ്റെയും അറിവില്ലായ്മ എടേണ്ടത് അങ്ങനെയൊരു വ്യവഹാരം അസാധ്യമായ തലമാണ് അവ്യക്തം അവ്യക്തത്തെ സംബന്ധിച്ച് നമുക്കുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വയ്യ അതിനെക്കുറിച്ച് നമ്മളൊരു വിവാദത്തിന് വരുമ്പടരുത് അത് അബദ്ധമായി അതുകൊണ്ടാണ് സുഷു തീയതി അജ്ഞാനമുണ്ട് ചുഴച്ചിൽ അജ്ഞാനമില്ല എന്നൊക്കെ പറഞ്ഞ് അറിവില്ലാത്തവരും വിവദിക്കുന്നതും എന്തുകൊണ്ട് അവ്യക്തത്തിൽ വിവാദം സാധ്യമല്ല ഉണ്ടില്ല എന്നുള്ള അനുഭവത്തിന് അതീതമാണോ അങ്ങനെയൊരു നിലയുണ്ട് സ്വ സദാ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നില ആവ്യക്തമാണോ അനിർവചനീയമായിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് അനിർവചനീയം എന്ന് പറഞ്ഞാൽ എന്താണ് നിർവചിക്കാൻ അസാധ്യമായത് നിർവചനം എങ്ങനെയാണ് സംഭവിക്കുന്നത് സത്ത് അസത്ത് അനുവചനീയം എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയാത്തർത്ഥത്തിലല്ല വചനീയം എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയത്തു വചനീയം വചിക്കത്തക്കത് വക്തവ്യം ഇവിടെ തന്നെ നിർവചനീയം നിർവചിക്കത്തക്കത് നിർവചിക്കുക എന്ന് പറഞ്ഞാൽ പറയുക എന്നുള്ള അർത്ഥം മാത്രമാണ് പറയുക എന്നും പറയാം സത്ത് അസത്വം എന്ന് വ്യവഹരിക്കുക പറയണമെന്നില്ല ചിന്തിച്ചാൽ മതി അതാണ് നിർവചനീയം ന നിർവചനീയം അത് ആ നിർവചനീയം നിർവചിക്കാൻ കഴിയാത്തത് അതാണ് അീക്കം ആലുകളതിനെക്കുറിച്ച് പറയാ സങ്കല്പാതീതം എന്ന് പറയാ സുശക്തി സങ്കല്പാതീതമാണ് സുശൃത്തിയുടെ അജ്ഞത എന്ന് പറയുന്നത് അനുവചനീയമാണ് സുഷൃത്തിയുടെ മറവി അന്ധത എന്നെല്ലാം പറയുന്നത് അത് അനിർവചനീയമാണ് മറിച്ച് അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതോ അതല്ല ആ തലത്തിൽ വരുന്ന ഇത് രണ്ട് തരമാണ് എന്തുകൊണ്ട് അവിടെ പറഞ്ഞു അത് പ്രജ്ഞാനഘനമാണ് പ്രജ്ഞാനഘനത്തിലെ അനുവചനീയതയാണ് തുര്യനാണെങ്കിലോ തുര്യൻ്റെ വാസ്തവ സ്വരൂപാധുവാൻ എന്തുകൊണ്ട് അതല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ധരിച്ചു കളയും ആ സുഷപ്തിയാണ് തുര്യൻ എന്ന് ധരിച്ചു കളയും അങ്ങനെ ധരിക്കാനും പാടല്ല ആ തുര്യൻ ഇവിടെയും ഈ ജാഗ്രത തുര്യൻ ആ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ തുണിയബദ്ധം പറ്റി അപ്പം നമ്മൾ ധരിക്കുന്നത് ജാഗ്രത്തിൽ ഇല്ലാത്തവനാണ് എന്ന് ധരിച്ചത് അത് ഏതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ധരിക്കുന്നു രാത്രി സൂര്യനില്ല പകല് സൂര്യനുണ്ട് എന്ന് ധരിക്കുന്നത് പോലെ അങ്ങനെ ധരിക്കാൻ പാടില്ലല്ലോ പകലും കൊണ്ട് അത് രാത്രിയുമുണ്ട് പകലും രാത്രിയും ഒരുപോലെ പ്രകാശിക്കുന്നതാണ് സൂര്യൻ അതുപോലെ സുഷുപ്തിയിൽ ജാഗ്രതത്തിനും ഒരുപോലെ നിൽക്കുന്നവനാണ് തിരിയൻ അത് ആവ്യക്തത്തിനും അപ്പുറമാണ് അതിന് നമുക്ക് സുഷുപ്തി എന്ന് പറയാൻ പറ്റും അത് സ്വയം പ്രകാശിക്കുന്നതാണ് അവ്യക്തമാകുന്ന അനുഭവജനീയത്തിനപ്പുറമാണ് അത് നമ്മുടെ പ്രത്യക്ഷ അനുഭവമാണ് സാക്ഷാത് അപരോക്ഷം എന്ന് പറയുന്നു അതിന്റെ പ്രകാശത്തിലാണ് ഈ ജാഗ്രത നിലനിൽക്കുന്നത് അതിന്റെ പ്രകാശത്തിലാണ് ഈ ജാഗ്രത സുഷുത്തിയെ കുറിച്ചുള്ള സങ്കല്പവും നിലനിൽക്കുന്നത് സുഷുത്തി വാസ്തവത്തിന് ജാഗ്രത ഒരു സങ്കല്പം മാത്രമാണ് അത് നിലനിൽക്കുന്നതിവിടെ ആ പ്രകാശത്തിലാണ് അത് അവീക്തത്തിനപ്പുറമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് അത് അവീക്തത്തിനും മലയാളം വ്യാഖ്യാനങ്ങളിലെല്ലാം എഴുതിയിരിക്കും അറിയപ്പെടാത്തതാണ് അതിൻ്റെ താല്പര്യം നമുക്ക് കൂടി കിട്ടത്തില്ല താല്പര്യം ഇതാണ് തത് അഞ്ഞ് വിദ്യുതം അവിദ്യുതെന്ന് വെച്ചാൽ വ്യക്ത കാരണത്വേന വികല്പിതേ പറയും ഈ വിദ്യുതാവിദ്യുതങ്ങൾ ഒന്ന് വ്യക്തം ഒന്ന് എങ്ങനെ വ്യക്തമായിരിക്കുന്നു ജാഗ്രത സ്വപ്നത്തിനും വ്യക്തമായിരിക്കുന്നു എങ്ങനെ അവ്യക്തമായിരിക്കുന്നു എന്ന് പറഞ്ഞ സുഷ്ടത്തിയിൽ അത് അവ്യുക്തമായിരിക്കുന്നു ഓരോ ജീവനും തന്നെ കുറിച്ച് സങ്കല്പിക്കുന്നു അത് ഈ സമഷ്ടി ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ പറയുന്നു ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലൊരു അവ്യുക്തമുണ്ട് അങ്ങനെ ആ രീതിയിലും ചിന്തിക്കാം ആത്മനിഷ്ഠമായി ജീവൻ നിഷ്ഠമായി ചിന്തിച്ചാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് അപ്പുറമുള്ള ആ അവക്തം അത് സുഷൃക്തി തന്നെ തൻ്റെ തന്നെ സുഷൃക്തി തന്നെ അല്ല സമഷ്ടിഭാവത്ത് ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടിക്രമമുണ്ട് അത് ഈ അവ്യക്തം പരിണമിച്ച് വന്നാണ് ആ അവ്യക്തം അത് അതാണ് സർവ്വകാരണമായിരിക്കുന്നത് ഈ രണ്ടു തരത്തിലുള്ള ചിന്തയും മിഷ്ടിബോധത്തെ ആശ്രയിച്ചുള്ള ചിന്തയും സമഷ്ടി പ്രപഞ്ചത്തെ ആശ്രയിച്ചുള്ള രണ്ട് ചിന്തയും ഇതിന് രണ്ട് പ്രക്രിയ എന്ന് പറയും ഇത് രണ്ടും അദ്വൈതത്തിലുള്ളതാണ് രണ്ടു രീതിയിൽ ചിന്തിച്ചാലും വ്യക്താവ്യക്തം കാര്യ കാരണത്വനും കാര്യവും കാരണവും അത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ആശേഷുന്നവൻകാരുടെ രൂപത്തിലിരിക്കുന്നു അതിൻ്റെ യുക്തിയൊന്നും അന്വേഷിക്കരുത് എന്തുകൊണ്ട് അവ്യക്തത്തിന് യുക്തി നിങ്ങളോട് ആരെങ്കിലും വാദിക്കാൻ വരികയാണ് സുശക്തി എങ്ങനെ കാരണമാകും എന്ന് പറഞ്ഞാൽ നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല കാരണം അതിന് മറുപടി പറയാനുള്ള യുക്തിയില്ല വാദിക്കുന്നവന് യുക്തിയില്ല എന്തുകൊണ്ടത് അവ്യക്തമാണ് അനു യുക്തി എല്ലാം ഇവിടെയാണ് ഈ കാര്യത്തിലാണ് ഇവിടെ നമുക്ക് യുക്തി ഇവിടെ നമുക്ക് യുക്തി ആശ്രയിച്ച് ചർച്ച ചെയ്യാം ഇത് കാര്യകാരണരൂപത്തിൽ സ്ഥിതി ചെയ്യണമെന്നാണ് വിദിതവും അവിദിതവും വിദിതം കാര്യരൂപത്തിൽ അവിദിതം കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയെങ്കിലും മനസ്സിലാക്കണം അല്ലാതെ അറിയുന്നത് അറിയാത്തത് അങ്ങനെ ഇതിനെ ധരിക്കരുത് കാര്യകാരണത്വനെ വകല്പിതേ താഭ്യമന്യത് ബ്രഹ്മ അതിന് നന്യമായിരിക്കുന്നതാണ് ഈ വിധുതത്തിൽ നമ്മൾ ബോധാബോധങ്ങളെ സൃഷ്ടിക്കുന്നു അബോധം എന്ന് പറയുമ്പോൾ ശരീരബോധം ഉൾപ്പെടെയുള്ളതല്ല ബോധം എന്ന് പറയുമ്പോൾ അഹം ബ്രഹ്മാസ്മി വരെ ഉള്ളതല്ല ഇതെല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നു അതാണ് പറയുന്നത് വികൽപിതയെല്ലാം വികല്പമാണ് എല്ലാം ഭാനമാണ് തസ്മ താഭ്യം അന്യത് ബ്രഹ്മ അതിൽ നിന്ന് അന്യമായിരിക്കുന്നു അതാണ് ബ്രഹ്മം അന്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നെല്ലാം അന്യമായിരിക്കുന്ന ഒരു വസ്തു അങ്ങനെ ചിന്ത പോലും ഇതിൽ നിന്ന് അന്യമായിരിക്കുന്ന സ്വസ്വരൂപം ഏതൊന്നാണോ ഈ വിധുത അവിധതങ്ങളെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് ജാഗ്രത സ്വപ്ന സുഷൃത്തികളിൽ ഏതൊന്നാണോ ഇതിനെ നിലനിർത്തിയിരിക്കുന്നത് ആത്മാവ് അതാണ് ബ്രഹ്മം വിജ്ഞാനസ്വരൂപം അത് വിജ്ഞാനസ്വരൂപമാണോ അതിനു പേരെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല അതിന് ബോധാബോധങ്ങളുടെ ആവശ്യമില്ല അത് സഹജമാണ് സ്വയം പ്രകാശിക്കുന്നതാണ് അവിടുത്തെ ഒരു കല്പന മാത്രമാണ് അഹം ബ്രഹ്മാസ്ത്രമി സർവവിശേഷ പ്രത്യസ്തമിതം സർവവിശേഷങ്ങളും അവിടെ അസ്തമിച്ചിരിക്കുന്നു അവിടെ ഈ പറഞ്ഞ വിദുത അവിദ്യതങ്ങളില്ല എന്നു പറഞ്ഞ ബോധാബോധമില്ല ഇടമാണ് സ്വസ്വരൂപം ഇത്യം സമുദായാർത്ഥ ഇതുവരെ പറഞ്ഞതിൻ്റെ താല്പര്യങ്ങളാണ് ആ സ്വസ്വരൂപം തന്നെയാണ് മോക്ഷം അല്ലാതെ അവിടെ നിങ്ങൾ കൽപ്പിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതോ അവിടുത്തെ അഭ്യാസങ്ങളോ ഒന്നുമല്ല അതേവ ആത്മത്വാ ഉപാധേയോവ അതുകൊണ്ടിവിടെ ഹേയമായൊരു സംസാരമില്ല ഉപാധേയമായിട്ടൊരു മോക്ഷമില്ല എന്താ ഇത് ഹേയ ഉപാധേയങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അത് കേവലം ആരോപിതമാണെന്ന് മാത്രം ഗ്രഹിച്ചാൽ മതി അതാണ് തത്ത്വസിന്ന് ഗ്രഹിക്കേണ്ടത് ഉപനിഷ് ശ്രവണത്തിൽ നിന്ന് അതാണ് ഗ്രഹിക്കേണ്ടത് അതേവ ആത്മത്വ അതസ്വസ്വരൂപമാണ് സ്വരൂപത്തെ എങ്ങനെ പറ്റും എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും ഗ്രഹിക്കാനും വയ്യ അന്യധി അന്യനഹയും അന്യമായിട്ടുള്ളതിനെ ത്യക്കാൻ പറ്റും അന്യമായിട്ടുള്ളതിനെ സ്വീകരിക്കാൻ പറ്റും ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്താണോ അന്യമായൊരു ബന്ധം ഇവിടെ ഇല്ല ഉപേക്ഷിക്കാൻ അന്യമായൊരു മോക്ഷം ഇല്ല ഇവിടെ അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ബന്ധിക്കുന്നു ശരീരം ബന്ധിക്കുന്നു മനസ്സ് ബന്ധിക്കുന്നു കാമക്രോധങ്ങൾ ബന്ധിക്കുന്നു ഇതാണല്ലോ നമ്മുടെ പരാതി പറയുന്നു അങ്ങനെ അന്യൊന്നുമില്ല ബന്ധിക്കാൻ ഇല്ലെങ്കിൽ ഈ ബന്ധനത്തെ എല്ലാം നിവർത്തിപ്പിച്ച് ഇനി നേടിയെടുക്കാൻ ഉപാധിയുമായിട്ട് ഒരു മോക്ഷമുണ്ട് അപ്പൊ പിന്നെ ഈ മോക്ഷത്തെക്കുറിച്ച് നമ്മൾ കരുതിയിരിക്കുന്നു കേവല സങ്കല്പങ്ങൾ സ്വസ്വരൂപത്തിൽ നിന്ന് അതിർത്തമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സങ്കല്പം അതിനപ്പുറം പറഞ്ഞല്ലോ നാളെ നേടേണ്ടതായിട്ട് അങ്ങനെ ഒരു മോശം നിലവിലില്ല എന്നാണ് പറഞ്ഞു കാല പരിഛന്നമായ ഒരു മോക്ഷം ഇല്ല എന്നർത്ഥം ഈ ബോധത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും ഈ ബോധത്തിൽ എല്ലാ സാധനങ്ങളും അവസാനിക്കുന്നു എന്നാ തത്തേനെ ഇവ സദ്യ കസേയം ഉപാധയും വാ ഭവതി തന്നെ സ്വയം തന്നെ തന്നെ ധരിക്കുക തന്നെ തന്നെ സ്വീകരിക്കുക അതെങ്ങനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ അതടുത്തത് വിശദമാക്കുന്നുണ്ട് തന്നെ തന്നെ ഗ്രഹിക്കുക തന്നെ തന്നെ ഉപേക്ഷിക്കുക ഇതെങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ബന്ധമോക്ഷങ്ങളെന്ന് പറയുന്നത് പറഞ്ഞല്ലോ കേവലം ആരോഗ്യം മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ വളരെ അനായാസമായ സഹജമായ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതിൽ എന്താണ് ക്ലിഷ്ഠത ഒന്നുമില്ല ആത്മാ ബ്രഹ്മ അത് സ്വസ്വരൂപം തന്നെ ഇത്രയും വർണ്ണിച്ച് പറയുന്ന ഈ സവിതാവ് ജ്ഞാന സൂര്യൻ അത് സ്വസ്വരൂപം തന്നെ വേറെ ഒന്നും ഉള്ളതല്ല ദൂരെ എവിടെയെങ്കിലും ഇരുന്നു നേടിയെടുക്കേണ്ട ഒന്നല്ല സർവാ സർവാാന്തരത്വ അവിഷയം സർവാന്തരത്വ അതിനെ വിഷയമാക്കാൻ ശ്രമിക്കുന്നു അതിനെ പ്രത്യക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു അതാണ് സർവാന്തരമായിരിക്കുന്നത് എങ്ങനെ വിഷയമാകും അല്ലെങ്കിൽ സർവാന്തമായിരിക്കുന്നു അതെങ്ങനെ വിഷയമാകും അത് അവിഷയമാണ് വിഷയത്തെ നിങ്ങളെങ്ങനെ സാക്ഷാത്കരിക്കുന്നു അവിഷയമായി ഒന്നിനെ നിങ്ങളെങ്ങനെ സാക്ഷാത്കരിക്കുന്നു സ്വയം അത് സാക്ഷാത്കാര സ്വരൂപമായിരിക്കും പിന്നെ അതിനെ സാക്ഷാത്കരിക്കുക അതിൽ മറ്റെന്തെങ്കിലും ഒന്ന് വച്ച് കെട്ടുക അതങ്ങനെ സാധ്യമാകും സ്വയം ജ്ഞാനസ്വരൂപുമായിരിക്കെ അതിൻ്റെ ജ്ഞാനം ഇങ്ങനെ സംഭവിക്കും സംഭവിക്കത്തില്ല അപ്പം അതിനെക്കുറിച്ചുള്ള ഈ ഭാവനകൾ നിവർത്തിക്കുക അത് മാത്രമേ സർവാന്തരത്വശ്യം അതോ അതോ അന്വേഷ്യാ വിനഹേയം ഉപാധേയം അവിടെയാണ് പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നു ഇതിങ്ങനെയാണെങ്കിലും ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ ദുഃഖം അപ്പം ദുഃഖത്തെ എനിക്ക് ഞാൻ അനുഭവിക്കുന്നു അശാന്തി അതിനുപേക്ഷിക്കണ്ടേ അത് സാധ്യമല്ലെന്നാണ് പറയുന്നത് അത് കടലിന് തിരയെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അങ്ങനെ സാധ്യമാകും കാരണം അതുകൂടെ ചേരുന്നതാണ് കാണുന്നവനാണത് അസ്വസ്ഥത ഉണ്ടാകുന്നത് കടലിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ തിരയെ കൊണ്ടോ എന്തെങ്കിലും ഗുദ്ദ്രമുണ്ടോ ശല്യമുണ്ടോ അങ്ങനെ കാണുന്നവന് അത് ശല്യമാണ് അതുകൊണ്ട് കടലിനെ സംബന്ധിച്ചിടത്തോളം തിരയെ സ്വീകരിക്കുന്ന പരസ്യത്തിന് ഉപേക്ഷിക്കുന്ന പരസ്യം എന്ന് പറയുന്നു അതോ അന്യസ്യാമി ഈ സ്വസ്വരൂപത്തിൽ നിന്ന് നമ്മൾ അന്യമായി കാണുന്നുണ്ടല്ലോ ഈ ശരീരം മനസ്സ് അതിൻ്റെ സങ്കല്പങ്ങൾ വികാരവികാരങ്ങൾ കാമക്രോധങ്ങൾ ഇന്ദ്രിയങ്ങൾ നഹയം അതിനും ഉപേക്ഷിക്കാൻ സാധ്യമല്ല അന്യമൊന്നും കരുതുന്നതിനും ഉപേക്ഷിക്കാൻ സാധ്യമല്ല ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് അത് അന്യമല്ലാത്തതുകൊണ്ട് അതൊന്നും അന്യമായിട്ടൊന്നുമില്ല വാചാരംഭണം വികാരവും നാമധേയോ മണ്ണിനെങ്ങനെ കലത്ത് ഉപേക്ഷിക്കാൻ പറ്റും മണ്ണ് ശ്രമിക്കുകയാണെങ്കിൽ കലത്തുപേക്ഷിക്കാനും സാധ്യമല്ല മണ്ണിനെ സംബന്ധിച്ചിടത്തോളം കലമൊരു ഭാരമുണ്ട് അപ്പം പിന്നെ സങ്കല്പങ്ങളെ ധരിക്കുക സാധ്യമല്ലെന്നാണ് കാരണം അന്യമായി സങ്കല്പങ്ങളെ ഇല്ല പിന്നെ ഇങ്ങനെ ധരിക്കും അന്യമൊന്നു കരുതിയാനും ധരിക്കുക സാധ്യമല്ല എന്തുകൊണ്ട് അത് അതായി തന്നെ ഇരിക്കുന്നു ആണ് പറയുന്നത് അതോ അന്യസ്യാ വിനഹേയും ഉപാധിയും ആത്മാവിനെ ത്യജിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇതൊന്നുകൂടി കടന്നു പറയണം അതും പറയണം സർവകർമ്മത്യാഗം എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ആചാര്യനാണ് ഇതും പറയുന്നത് അതോ അന്യസ്യാവി ആ സ്വസ്വരൂപത്തിൽ നിന്നും അന്യോഭയം അനുഭവപ്പെടുന്ന ഒന്നിനെയും ധരിക്കാൻ സാധ്യത എന്തുകൊണ്ട് അത് അനന്യമായതുകൊണ്ട് ഞാൻ ഏതു പറയുകയാണ് എന്ന് വെച്ചാൽ ആത്യന്തികമായി അന്യമായൊന്നുമില്ല അന്യമായി ഇല്ല എങ്കിൽ തന്നെ എങ്ങനെ തിരിക്കും ആര് ധരിക്കും അത് തിരിക്കാൻ സാധ്യമല്ല മരുഭൂമിയിലെ ജലം അത് എന്നെ തിരിക്കാൻ മരുഭൂമി ആഗ്രഹിക്കേണ്ട കാര്യമില്ല കാരണം എന്തുകൊണ്ട് ആ ജലം അതിനെ നനയ്ക്കും നനയ്ക്കുന്നില്ല മരുഭൂമിയുടെ സ്വഭാവം എന്താണോ അത് ജലരഹിതമാണ് പക്ഷെ അവിടുത്തെ ജലത്തെ ഉപേക്ഷിക്കാൻ മരുഭൂമി ആഗ്രഹിക്കുന്നില്ല എന്നിട്ടത് പറയുന്നില്ല എന്നാണ് എനിക്ക് എൻ്റെ സ്വരൂപത്തിൽ നിലയിക്കണം എൻ്റെ സ്വരൂപം എന്താണ് ഈർപ്പരഹിതമാണ് ജലശൂന്യമായ എന്റെ സ്വസ്വരൂപത്തെ സ്ഥിതി ചെയ്യണം ആ അങ്ങനെ സ്ഥിതി ചെയ്യാൻ വേണ്ടി എനിക്ക് ജലത്തെ തിരിക്കണം എന്ന് മരുഭൂമി ആഗ്രഹിക്കുന്നു സങ്കല്പിച്ചു നോക്കുക അങ്ങനെ ആഗ്രഹിക്കേണ്ട ആവശ്യമല്ല എന്തുകൊണ്ട് ആ മരുഭൂമിയിലെ മരുപ്പച്ച അത് മരുഭൂമി നനയ്ക്കുന്നില്ല എന്തിനെ തിരിക്കണം തിരിക്കേണ്ട ആവശ്യം വരുന്നത് അതുകൊണ്ടിവിടെ പറയുന്നു എന്താണ് അത് അന്യസ്യാമി എന്നാൽ പിന്നെ അന്യം എന്നാ പറയുന്നു അതാണ് പറയുന്നത് അധ്യാരോപെന്നുവേണ്ടി ആ അധ്യാരോപ് സംഭവിച്ചിരിക്കുന്നു സംഭവിക്കുന്നു എന്നാ എന്തിനാ അധ്യാരോപം സംഭവിക്കണം എന്നാ അധ്യാരോപം അത് മായ മായ അത് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കണമോ വേണ്ട അത് അന്യമായി സംഭവിച്ചിട്ടുണ്ട് അത് അനന്യമായി സംഭവിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അധ്യാരൂപ നിവൃത്തിയിൽ പിന്നെന്താ ശേഷിക്കുന്നത് പിന്നെ ശേഷിക്കുന്നതാണ് അധ്യാരൂപം സംഭവിച്ചിട്ടേ ഇല്ല ബന്ധമോക്ഷങ്ങൾ അവിടെ സംഭവിച്ചിട്ടേ ഇല്ല മായ അവിടെ സംഭവിച്ചിട്ടേ ഇല്ല അതാണ് എൻ്റെ നിവൃത്തിയിൽ സംഭവിക്കുന്നത് അതാണ് നിത്യമുക്തി എന്ന് പറയുന്നത് അപ്പം അവിടെ സംഭവിച്ചു എന്ന് വന്നാൽ അന്യമാണെന്ന് വന്നാൽ അതിനെ നിവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇവിടെ പറയുന്നു നിങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വാസ്തവത്തിൽ അനന്യമായതിനാണ് അന്യത്തെ അല്ല അന്യമാണെന്ന് കണ്ടുകൊണ്ട് ഇതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ശ്രമിക്കുന്നത് അബദ്ധമാണ് അതാണ് ആത്മബോധം അത് അനന്യമാണെന്നറിയുന്നതാണ് ആത്മബോധം അതിനാണ് ഈ ഉദാഹരണങ്ങളെല്ലാം പറയാൻ ഏതുദാഹരണം നോക്കുക ദർപ്പണം അതിന്റെ ദൃശ്യത്തെ അകറ്റാശ്രമിച്ചാൽ അത് ശ്രമിക്കും ദർപ്പണൊരിക്കലും അതിന്റെ ദൃശ്യത്തെ അകറ്റാശ്രമിക്കുന്നില്ല കാരണം ദർപ്പണത്തിനത് ഒരു ഭദ്രവും ചെയ്തില്ല എന്തുകൊണ്ടോ ദർപ്പണത്തിനൊന്നും അന്യമായൊരു ദൃശ്യമില്ല അത് ദർപ്പണത്തോട് അന്നീലുകളെല്ലാം അനന്യമായിരിക്കുന്നു അനന്യമായതുകൊണ്ട് അതിനെ നിവർത്തിക്കാൻ സാധ്യമല്ല അപ്പം ദർപ്പണത്തിന്റെ ആത്മബോധം എന്തായിരിക്കും അത് ധരിക്കും ഞാൻ എന്നും ദർപ്പണമായി തന്നെയിരുന്നു എന്നിൽ നഗരം ഉണ്ടായിരുന്നില്ല മുമ്പും ഉണ്ടായിരുന്നില്ല ഇപ്പോഴില്ല ഇനി ഭാവിയും അതില്ല ഞാൻ നഗരനിർമുക്കനാണ് ദർപ്പണം പറഞ്ഞു ഞാൻ നഗരത്തിൽ നിന്ന് മോചിച്ചിരിക്കുന്നു പക്ഷെ കാണുന്നവനല്ല കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം ദർപ്പത്തിനും ആ ദർപ്പണത്തിൽ നഗരമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആ തൃത്വം ആ തൃത്വത്തിൽ ഒരുവൻ മാറി നിന്ന് കണ്ടുകൊണ്ട് പറയാൻ ഇട ബന്ധമുണ്ട് എന്നെ ബന്ധിച്ചിരിക്കുന്നു എനിക്കിവിടെ ഒരു മോക്ഷം ആവശ്യമാണ് ഇവിടെ ആചാര്യൻ പറയുന്നു ഇത് മുഴുവൻ ആരോപമാണ് എന്നുവെച്ചാൽ വാസ്തവ അനുഭവം വെറും ഭ്രാന്തി മാത്രമാണ് ഒരു കൽപ്പന മാത്രമാണ് അതിൽ നിന്നുള്ള മോചനമാണ് അവിടെ ഒന്നും ഹേയവുമില്ല ഉപാധേയുമില്ല അതിൽ നിന്നുള്ള മോചനം ആ ഭ്രാന്തി നിവൃത്തി എന്ന് പറയുമ്പോൾ നിങ്ങളതിനു ഹേയോ ഉപാധേയമായി ധരിച്ചു കളയരുത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ ഹേയോ ഉപാധേയത്വമില്ല ഇവിടെ അങ്ങനെയല്ല നമ്മളിവിടെ ഫലത് ധനം സ്വീകരിക്കുന്നു ധനത്തെ ഉപേക്ഷിക്കുന്നു ഇവിടെ ഹേയവും ഉപാധിയും ധനത്തെ സംബന്ധിച്ചുണ്ട് എന്തുകൊണ്ട് അത് വാസ്തവമാണ് സത്യമാണെന്നാണ് ബോധം ഇവിടെ കല്പനയിൽ ഭ്രാന്തിയിൽ ഹേയോപാധേയങ്ങളെല്ലാം കേവലം ആരോപിതമാണോ അതുകൊണ്ട് പറയുന്നു അതോ അന്യസ്യാപി ഈ ചക്ഷിരാധികർണങ്ങളെയോ മനസ്സിനെയോ ശരീരത്തെയോ ഒന്നിനെ എന്താണെന്നാ ഹേയം ഉപാധിയും വ അന്യഅാ അന്യമില്ല സർവം അനന്യമായിരിക്കുന്നു വാസുദേവ സർവവിധി എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് മഹാത്മാക്കൾ നമ്മൾ കാണുന്ന എന്താണോ അവർ ഒന്നിനെ ത്യജിക്കുന്നില്ല ഒന്നിനുപേക്ഷിക്കുന്നില്ല ഭഗവത്ഗീതനും പറഞ്ഞില്ല അദ്ദേഹി നകാംക്ഷത എന്ന് പറയും വിധി ശുശ്രുമാ പൂർവീഷ ഇത്യാഗമോപദേശ ആ ഉപദേശ പാരമ്പര്യത്തെ സമ്പ്രദായത്തെ വെളിപ്പെടുത്തുന്നു ആചാര്യൻ പൂർവേഷാം ശിശുറിന്ന് പറയുന്ന എന്താണ് ഈ വിജ്ഞാനം ഇതൊരു ഒഴുക്കാണ് കേവലം ബുദ്ധിപ്രഭവുമല്ല പൂർവേഷാം എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് ബുദ്ധിപ്രഭവം എന്നുവെച്ചാൽ ബുദ്ധിയിൽ നിന്നുണ്ടായതല്ല അത് സാധ്യമല്ല കാരണം നമ്മുടെ ഈ ജീവന്റെ അല്പമായ വരും തുച്ഛമായ ഈ ബുദ്ധിയിൽ നിന്നും ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് ഈ തലച്ചോറ് ഈ സങ്കീർണ്ണമായ ഈ നിന്നും ഉള്ള ഒരു പ്രകാശമല്ല ഇത് അതുകൊണ്ടാണ് ഇതിന് കേടുപറ്റിയാലും ഇത് പ്രകാശിക്കുന്നത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലോ തലയ്ക്കൊരു അടികിട്ടി അങ്ങനെയിരിക്കും ബുദ്ധിയുടെ പ്രകാശം അവിടെ നിശ്ചിത പക്ഷെ ഇത് ആഗമമാണ് ബുദ്ധിപ്രഭവങ്ങൾ അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താണ് ബുദ്ധിപ്രഭവം എന്ന് പറയുമ്പോൾ എന്താണ് അത് നമ്മളെ കണ്ടെത്തരുത് അതിനെക്കുറിച്ച് അറിയുന്നു ഇതിനെക്കുറിച്ചറിയുന്നു ഇതിനെ കണ്ടുപിടിക്കുന്നു നമ്മൾ പ്രപഞ്ചരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഇതെല്ലാം ബുദ്ധിപ്രഭവം ബുദ്ധിയിൽ നിന്ന് വെളിപ്പെടുന്ന അതിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും സൂക്ഷിച്ചു വയ്ക്കാനും പറ്റും നമ്മൾ അത് പ്രോപംശത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്ത അതിൻ്റെ ഇവിടെയും പറയുന്നു ആഗമ ഉപദേശ എന്നിവിടെ ഇതിൽ യോഗക്ഷേമമില്ല ഇത് നമ്മൾ ആർജിച്ചു വയ്ക്കുന്നതോ സംരക്ഷിച്ച് വയ്ക്കുന്നതോ ആയ ഒന്നല്ല ഈ ആത്മബോധം എന്ന് പറയുന്നത് അതുകൊണ്ട് പറയുന്നു വ്യാജദക്ഷരേ അസ്വാതന്ത്ര്യം തർക്ക പ്രതിഷേധാർത്ഥം ഇതിൽ ഒരു അസ്വാതന്ത്ര്യുണ്ട് നിനക്കിതിൽ സ്വാതന്ത്ര്യമൊന്നും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് ഉള്ള ഏതിനാണ് നിന്റെ പരീക്ഷണത്തിൽ നിരീക്ഷണത്തിൽ അതിൽ നിന്നുള്ള നിന്റെ നിഗമനങ്ങളിലൊക്കെ നിനക്ക് സ്വാതന്ത്ര്യം പലതിൽ നിന്ന് കണ്ടെത്താം പഠിക്കാം മനസ്സിലാക്കാം നിന്റെ അറിവിനെ വർദ്ധിപ്പിക്കാം പുതിയ പുതിയ അറിവുകൾ ആർജിക്കാം അത് നമ്മുടെ സ്വാതന്ത്ര്യം വസ്തുനിഷ്ഠമായ സ്വാതന്ത്ര്യം കടത്തും അകർത്തും അന്യതാവ് അകത്തും സഖ്യം ബ്രഹ്മസൂത്ര നമ്മൾ ചർച്ച ചെയ്ത അതാ ഇതങ്ങനെയല്ല ഇത് ആത്മനിഷ്ഠമാണ് തർക്കപ്രതിഷേധാർത്ഥം ബാക്കി അറിവുകളെല്ലാം നമ്മൾ തർക്കത്തിലൂടെ നേരിടുന്നു ഊഹാപോഹങ്ങളിലൂടെ നമ്മൾ അറിവിനോ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് അറിവിന് ഇതിൻ്റെ സ്വഭാവം ഇന്നതാണ് ഇതിൻ്റെ ഭേദം ഇന്നതാണ് ഇതിൻ്റെ ഫലം ഇന്നതാണ് ഇത് ഈ തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഭൗതികമായോ അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയും ശാസ്ത്രീയം അതാണ് ശാസ്ത്രീയം പൗരാണികമായാലും ആധുനികമായാലും ശാസ്ത്രീയം എല്ലാം അങ്ങനെയാണ് അവിടെ ഊഹാപോഹങ്ങളും അതിനെ തുടർന്ന് വരുന്ന നിഗമനങ്ങളും പരീക്ഷണ നിരീക്ഷണങ്ങളും അതിനെ തുടർന്ന് വരുന്ന നിഗമനങ്ങളും അതാണ് തർക്കം തർക്ക പ്രതിഷേധാർത്ഥം തർക്കത്തെ നിഷേധിക്കുന്നു ഇവിടെ തലച്ചോറിൽ സൂക്ഷിച്ചു വയ്ക്കത്തക്ക അറിവല്ല പറയുന്നു ഇത് തലച്ചോറിനെ നിലനിർത്തുന്നതാണ് അതാണ് ഇവിടെ പറയുന്ന കാര്യം അതുകൊണ്ടാണ് നിങ്ങളെ യത്നിക്കുന്നു പരിശ്രമിക്കുന്നു ബോധത്തെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു ബോധത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല എന്തുകൊണ്ട് അത് ഇത് സ്വബുദ്ധിപ്രഭവുമല്ല ഇത് തർക്കത്തിലൂടെ നേടിയെടുക്കുന്നതല്ല ഇതാഗമമാണ് അതിന് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേദാന്തം പഠിച്ചിട്ടോ ഉപനിഷത്ത് ശ്രവിച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് സാധ്യമല്ല കാരണം ഇതിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പൗരുഷത്തെ ഇച്ഛാശക്തിയെ അതിനെ ആശ്രയിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന അല്ലേ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒന്നല്ല ഇത് ഇത് കേവലം ആരോപണ നിവൃത്തി മാത്രമാണ് ഇതാഗമമാണ് എന്നുവെച്ചാൽ ഇതൊരു പ്രവാഹമാണ് ഇതൊരു വെളിപ്പെടലാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനും പൂർവ്വാചാര്യൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങളിരുന്ന് അഭ്യാസങ്ങൾ ചെയ്യുക അങ്ങനെ അഭ്യാസം ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭ്യാസത്തിൻ്റെ ഫലമായി തെളിയുക നിങ്ങളുടെ സമാധിതോ മറ്റെവിടെയെങ്കിലും തെളിയുക അതാണോ ഇത് അതങ്ങനെയുള്ളതല്ല ഇത് പൂർവാചാര്യനിൽ നിന്നും വരുന്നതാണോ ഇതൊരാൾ ആഗമമാണ് പ്രവാഹമാണ് വെളിപ്പെടുത്തൽ വെളിപ്പെടലാണ് എന്ന് പറയുന്നു ഇതിൽ നിനക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല നിനക്ക് യത്നിക്കാം അതിൻ്റെ ഈ ആരോപ നിവൃത്തിക്ക് വേണ്ടിയാണ് യത്നം കിടന്നു ശ്രവണ മനങ്ങളെല്ലാം ഈ ആരോപ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ പൂർണതയിൽ അതിൻ്റെ പൂർണത എന്ന് പറയുന്നത് ഇതിൻ്റെ വെളിപ്പെടലാണ് ആരാണ് ആ പൂർവാചാര്യന്മാർ പറയുന്നത് ഏറ്റവും അനാദിയായിരിക്കുന്ന ശ്രുതി എന്ന് പറയുന്നു അതിനും അപ്പുറം അനാദിയായിരിക്കുന്ന ആചാര്യൻ തദ്മ ഉക്തവന്ത നിത്യമേവ ആഗമം ബ്രഹ്മപ്രതിപാദകം വ്യാഖ്യാത ആ നിത്യമായിരിക്കുന്ന ഈ ആഗമത്തെ ഈ വിജ്ഞാനത്തെ അതെന്താണോ ബ്രഹ്മപ്രതിപാദകം സ്വസ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതാണോ അതിന് വ്യാഖ്യാതെ പൂർവം വ്യാഖ്യാനിച്ചു അതിൻ്റെ വ്യാഖ്യാനമാണത് എന് മനസാനമനത്തെ യദ്വാചാനഭ്യതം വിദിത അവിദിത വിജ്ഞാനത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് വ്യാഗമത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് അപ്പോൾ വ്യാഖ്യാനം കൂടി വ്യാഖ്യാനം കൂടാതെ ഇത് തനിയും പൊട്ടിമുളച്ച് വരത്തുന്നുണ്ട് എന്നാൽ പിന്നെ ഗുരുവിൻ്റെ ആവശ്യമുണ്ട് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുണ്ട് വ്യാഖ്യാനം അധ്യാരൂപ നവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള വ്യാഖ്യാനം പറഞ്ഞല്ലോ അതിൻ്റെ പൂർണ്ണതയിൽ ഇത് പ്രകാശിക്കുന്നു അതാണ് പൂർവ്വ ആചാര്യന്മാർ പൂർവ്വ ഗുരുവന്മാർ ചെയ്തത് പു പുന സ്വബുദ്ധിപ്രഭവേന അത് പറയും സ്വബുദ്ധിപ്രഭവമല്ല പറയും നമ്മുടെ ശ്രമം മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെ സ്വബുദ്ധിപ്രഭവമാക്കാനാണ് ബുദ്ധി കൊണ്ട് കണ്ടെത്താനും ബുദ്ധി കൊണ്ടുള്ള അഭ്യാസങ്ങൾ ബുദ്ധിയിൽ ഇതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ ഇതിനെ ബുദ്ധിയിൽ നിലനിർത്തി എന്നിരിക്കട്ടെ ാന്തമായ എന്തോന്നിനെയായിരിക്കും നിലനിൽക്കുക അതല്ല ആ നിങ്ങളെ ബുദ്ധിയെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്തിനു വേണ്ടി ഈ അധ്യാരൂപത്തെ നിവസിപ്പിക്കുന്നതിന് വേണ്ടി ഈ വിദ്യയെ ബുദ്ധിക്ക് പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല ബുദ്ധി ഇന്നെങ്കിലും ഇത് ബുദ്ധി കേടായാലും ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കും ഇത് ഈ വ്യാവഹാരികമായ ൗതികമായ സുബോധത്തെയോ അബോധത്തെയോ ഒന്നും ഇത് ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് വ്യക്തമായി ഇവിടെ പറയുന്നു നപ്പുന സ്വബുദ്ധിപ്രഭുവേന തർക്കേണ ആ ഊഹാപോഹത്തിലൂടെ അല്ല ഉത്തമന്ത ആഗമ പാരമ്പര്യ അവിച്ചേദം ദർശയി ഉപദേശ പാരമ്പര്യത്തിൻ്റെ അവിഛേദത്തെ കാണിക്കുന്നു ഇതാണ് ഭഗവാൻ പറഞ്ഞു ഞാനിത് സൂര്യനുപദേശിച്ചത് എന്ന് പറഞ്ഞിത് സൂര്യനിലൂടെ വെളിപ്പെടുത്തി ആ സൂര്യനിലൂടെ വെളിപ്പെടുത്തി എന്ന് പറയുന്നത് എന്നാ മറ്റൊരു താല്പര്യമാണ് കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഈ സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചോദിക്കും എന്താണ് ഒരു രജ സർപ്പത്തിലൂടെയാണോ ഇത് വെളിപ്പെടുത്തുന്നത് വേദാന്തം എന്ന് പറയുന്ന ഒരു വാചക വിളിയാണോ അത് രജസർപ്പവും ശക്തികാരജിതവും സ്ഥാണു െ സമർത്ഥിക്കുന്നത് ഇതുവരും വാചകപ്പസർത്തല്ലാതെ എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട് ഇവിടെ പറയുന്ന എന്താണ് ഇത് ഇതിലൂടെ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ ഇതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ നിന്ന് ഇതിനെ ഗ്രഹിക്കാൻ കഴിയുന്നു ഇവിടെ ഗ്രഹിക്കുന്നവനായൊരു മൂന്നാമനുണ്ടല്ലോ അവൻ ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവനീ ശുദ്ധികാരിജതത്തെയും രജസർപ്പത്തെയും ഒക്കെ ആശ്രയിക്കുന്നു മറിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഒരുവിനത് വെളിപ്പെടുന്നുണ്ടെങ്കിലും അവനീ സ്ഥാനപുരുഷനും ആകാശ നീനമീം വരും മരീചിക്കൊന്നും ആവശ്യമില്ല ഈ പ്രപഞ്ചത്തിൻ്റെ അല്പമായി തുച്ഛമായ ഒന്നിനെ അവന് ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ പ്രപഞ്ചം ഇതിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ആഗമ പാരമ്പര്യ അവിഛേദം അതുകൊണ്ടിത് സൂര്യനിലൂടെ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ സർവത്തിലൂടെയും ഇത് അവിഛിന്നമായി ആണ് പറയുന്നത് അവിഛിന്നമായി ഇത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്കുണ്ടാകുന്ന മറ്റെല്ലാ അറിവുകളും ഛിന്നമായിട്ടാണ് അതിൻ്റെ പറയുന്നത് എനിക്ക് ഇപ്പോൾ ബോധം വന്ന് കുറച്ച് കഴിഞ്ഞ് പ്രദർശിച്ചു ഇതങ്ങനെയല്ല അവിഛന്നമായി അതാണ് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രതിബോധവിദിതം എന്ന് പറഞ്ഞാൽ ഇത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യമാണ് വിദ്യാസ്തുതയെ ഇതിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു ഒന്നിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് സാധാരണ നമ്മളതിനെ സ്തുതിച്ചിട്ടാണ് അതിനെ പുകഴ്ത്തി വാഴ്ത്തി അത് ഇവിടെ ശ്രുതിയും ചെയ്യുന്നത് അതിനെ സ്തുതിക്കുന്നു അത്രയും മഹത്വമുള്ളതാണ് അത് സംസാരം നിവർത്തി വരുത്തുന്നതാണോ സർവബന്ധം നിവൃത്തി വരുത്തുന്നതാണോ എന്നിങ്ങനെ അതിനെ സ്തുതിക്കുകയാണ് തർക്കസ്ഥോ അനവസ്ഥിതോ ഭ്രാന്തോ വിഭവത്തി അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിപ്രഭവുമായ വിജ്ഞാനത്തെ ആശ്രയിക്കരുത് അത് പലതവണ നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ വേദാന്തം പഠിക്കുകയല്ല ഉപനിഷത്ത് പഠിക്കുകയല്ല മറ്റു വിഷയങ്ങളൊക്കെ ഗ്രഹിക്കുന്നത് പോലെ ഇതിനെ ഗ്രഹിക്കുകയല്ല അതൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത് ഇത് പഠിച്ചിട്ട് പഠിപ്പിക്കുന്ന കാര്യമല്ല ഓർമ്മിച്ചിട്ട് പറയുന്ന കാര്യമല്ല അതെല്ലാം എന്താണ് ഭ്രാന്തോഭൂതി അതെല്ലാം ഭ്രാന്തമായ ചിന്തകളാണ് വരും വിചാരങ്ങളുടെ പ്രകടനമാണ് ഇതല്ല ഇത് തത്വത്തിൻ്റെ പ്രകാശനമാണ് അത് സ്വതസിദ്ധമാണ് സ്വയം പ്രകാശമാണ് എന്നാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞു നിർത്തുന്നത് കക്ഷേ